so ki namami yesu hams samarnam so namas ta isvara jaya uye yesu namami ha ബ്രഹ്മവിഡ് ഷ്ടാനുവാഗം ഒന്നാം മൂന്നാം തസൃ തദ്ദേവനുപ്രവിശത്ത് ഈ മന്ത്രത്തെ കുറിച്ചാണ് ചർച്ച ചെയ്തത് എന്താണ് അതിന്റെ താല്പര്യം അതിന്റെ പാചകം എന്താണ് ത സൃഷ്ടിച്ചിട്ട് തദ്വാനു പ്രാവശ്യം അത് തന്നെ സൃഷ്ടിയിൽ പ്രവേശിച്ചു സൃഷ്ടികർത്താവ് തന്നെ സൃഷ്ടിയിൽ പ്രവേശിച്ചു എന്ന് പറഞ്ഞെന്താ എന്റെ താല്പര്യം അതിനെ കുറിച്ച് പല തരത്തിലും ചിന്തിച്ചു സൃഷ്ടികർത്താവ് തന്നെയാണോ പ്രവേശിക്കുന്നത് സൃഷ്ടികർത്താവ് ഹൃദയ രൂപത്തിൽ പ്രവേശിച്ചു അപ്പോൾ പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ സൃഷ്ടികർത്താവ് എന്തായി മാറി അവിടെ പരിണാമമാണോ സംഭവിച്ചത് അത് പ്രതിബിംബമാണോ സംഭവിച്ചത് ഇങ്ങനെ പല വിഷയങ്ങൾ എന്താണ് എന്റെ താല്പര്യം അത് എല്ലാ ചർച്ചയും ഉപസംഹരിച്ചുകൊണ്ട് ഭാഷകാരൻ പറഞ്ഞു അന്യാർത്ഥത്വ എന്റെ താല്പര്യം വേറെയാണോ ഞാൻ പറയുന്നതൊന്നുമല്ല ഈ ചർച്ചകൾക്ക് യുക്തിയുണ്ട് എന്ന് തോന്നിയാനും ഇത് വാസ്തവത്തിൽ യുക്തിയുക്തമല്ല ഈ ചർച്ചകളൊന്നും എന്തുകൊണ്ട് എന്താണ് ശ്രുതിയുടെ വിവക്ഷിതമായ താല്പര്യം അവിടെ എത്തിയിട്ടില്ല ചർച്ച പ്രകൃത ഹി അന്യ വിവക്ഷിതവാസി വാക്യസ്വാർത്ഥവാസ്തി സസ്മർത്തവി അതാണ് മനസ്സിലാക്കേണ്ടത് ഇവിടെ ഈ സന്ദർഭം മനസ്സിലാക്കണം ഒരു വാക്യത്തെ ആ സന്ദർഭത്തിൽ നിന്നും അടർത്തി മാറ്റി അതിൻ്റെ അർത്ഥം ഇന്നതായിരിക്കുമെന്നോ കല്പിക്കുന്നതിന് കാര്യമില്ല പ്രകൃതമായിട്ടുള്ള ഈ സന്ദർഭത്തിൽ എന്തിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് അവിടെ എന്താണ് വിവക്ഷിതം ശ്രുതിയുടെ താല്പര്യം എന്താണ് സസ്മർത്ത അതാണ് മനസ്സിലാക്കേണ്ടത് എന്താണോ ഈ സന്ദർഭത്തിൽ ചർച്ച ചെയ്യുന്നത് ബ്രഹ്മ ആത്മോദി പരം സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മേത നിഹിതം ഗുഹായാം ഇത്തരം വിഷയങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് അതിനെ നമ്മൾ ചർച്ച ചെയ്തതുമാണ് ബ്രഹ്മപിതാധിപരം വിശ്വസനമായി ചർച്ച ചെയ്തത് സത്യജ്ഞാനം അനന്ത ബ്രഹ്മ ഇത്തരം വിഷയങ്ങളെ കുറിച്ച് ചർച്ച ചെയ്തതിനിടയ്ക്കാണോ തസൃഷ്ടോ തദ്ദേവ അനുപ്രാവിച്ചതെന്നു അതുകൊണ്ട് ഇവിടെ എന്താണോ ഉദ്ദേശിക്കുന്നത് തദ്ജ്ഞാനം ചവിപക്ഷിതം പ്രഭന്റെ ഇവിടെ ഒറ്റക്കാര്യം മാത്രമേ ശ്രുതിക്ക് താല്പര്യമുള്ളൂ എന്താണ് തദ്വിജ്ഞാനം വിജ്ഞാനം തദ്വിജ്ഞാനം സത്യവിജ്ഞാനം ആനന്ദം എന്ന് ബോധിപ്പിച്ച വിജ്ഞാൻ ആ വിജ്ഞാനത്തെ മാത്രമേ ഇവിടെ ശ്രുതി ബോധിപ്പിക്കുന്നുള്ളൂ ശ്രുതിക്ക് അതിൽ മാത്രമേ താല്പര്യമുള്ളൂ അതാണ് ഇവിടുത്തെ സന്ദർഭം അല്ലാതെ സൃഷ്ടി സൃഷ്ടികർത്താവ് സൃഷ്ടികർത്താവിൽ സൃഷ്ടിക്കുന്ന ബന്ധം സൃഷ്ടി എങ്ങനെയൊക്കെ സംഭവിക്കുന്നു ഇത്തരം കാര്യങ്ങൾ ഒന്നും ഇവിടെ മുഖ്യമല്ല ശ്രുതിക്ക് അത് ബോധിപ്പിക്കാൻ താല്പര്യമില്ല ഇതെന്തിനു ചർച്ച ചെയ്യുന്നു ബ്രഹ്മസ്വരൂപ അനുഗമ ആകാശാദി അന്നമയാന്തം കാര്യം പ്രദർശിതം ബ്രഹ്മസ്വരൂപജ്ഞാനം എന്താണ് ബ്രഹ്മസ്വരൂപം ബ്രഹ്മത്തം ഈശ്വര തത്വജ്ഞാനം അത് ബോധിപ്പിക്കുന്നതിന് വേണ്ടി ആണ് ഇത് പറഞ്ഞത് സൃഷ്ടിപ്രാവിശ്യം അല്ലാതെ നമുക്ക് ഇത്തരത്തിൽ സൃഷ്ടിയുണ്ടായി ആ സൃഷ്ടിയിൽ പിന്നെ ഇന്ന തന്നെ നല്ല സംഭവിച്ചു സൃഷ്ടി സൃഷ്ടികളത്താവ് ഇത് തമ്മിലുള്ള ബന്ധം ഇത്തരം സങ്കീർണങ്ങളായ വിഷയങ്ങളൊന്നും ഇവിടെ ഇല്ല അതായത് പൂർവ്വപക്ഷി ചർച്ച ചെയ്തു ആ ചർച്ചകളൊന്നും ആവശ്യമില്ലാത്തതാണ് ഇതെങ്ങനെ സംഭവിക്കും അത്തരം ഒരു ചർച്ചയ്ക്ക് ഇവിടെ നിന്നല്ല സൃഷ്ടിയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നിടത്തൊന്നും അതിന് പ്രസക്തിയില്ല സൃഷ്ടിയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നിടത്തെല്ലാം ആ ബ്രഹ്മ തത്വത്തെ അതിന് സൃഷ്ടിക്കർത്താവായോ അല്ലാതെയോ പരമാത്മാവായിട്ടോ ജീവാത്മാവായിട്ടോ അല്ലെങ്കിൽ പ്രപഞ്ചമായിട്ടോ ഏത് തരത്തിലായാലും ശരി ആ തത്വത്തെ ജയിക്കും അതാണ് ബ്രഹ്മസ്വരൂപ അനുഗമായ ആ തത്വം എങ്ങനെയാണോ അത് സർവവ്യാപകമായി പ്രപഞ്ച ആധാരമായി പ്രപഞ്ച സ്വരൂപമായി സ്ഥിതിയും അതാണ് ബ്രഹ്മസ്വരൂപ അനുഗമമായ എന്ന് പറഞ്ഞിരിക്കുന്നത് അതിനുവേണ്ടിയാണ് ഇത് പറയുന്നത് ആകാശാദി അന്നമയാാന്തം കാര്യം പ്രദർശിതം അവിടെ ആകാശാദി സൃഷ്ടി ആകാശത്തിന്റെ സൃഷ്ടി തുടങ്ങി പ്രതി വരെയുള്ള കാര്യങ്ങൾ പറഞ്ഞു പിന്നെ അന്നമയത്തെക്കുറിച്ച് പറഞ്ഞു ബ്രഹ്മ അനുഗമിച്ച ആരംഭ അവിടെ എല്ലാം സൃഷ്ടിയെ കുറിച്ചുള്ള ബോധത്തിന് വേണ്ടിയല്ല മനസ്സിൽ ബ്രഹ്മാനഗം തത്വജ്ഞാനത്തിന് വേണ്ടിയിട്ടാണ് അതാണ് ഉപനിഷത്ത് പറയുന്നതും മറ്റ് ശാസ്ത്രങ്ങളും തമ്മിലുള്ള വ്യത്യാസം മറ്റ് ശാസ്ത്രങ്ങളിലും സൃഷ്ടിയെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട് അതെല്ലാം എന്താണ് സൃഷ്ടി എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് സൃഷ്ടിയെ മനസ്സിലാകുമ്പോൾ സൃഷ്ടിയുടെ സ്വരൂപം എന്താണ് സൃഷ്ടിയുടെ കാരണം എങ്ങനെ എന്താണ് സൃഷ്ടി എങ്ങനെ സംഭവിച്ചു ഇത്തരം കാര്യങ്ങളാണ് വിശദമായി ചർച്ച ചെയ്യുന്നത് അത് നമ്മൾ സൃഷ്ടിയുടെ രഹസ്യം മനസ്സിലാക്കുന്നു ഇത് ഇവിടെ വിവക്ഷിതമേ അല്ല അതുകൊണ്ട് സൃഷ്ടിയുടെ കാരണം അന്വേഷിക്കലല്ല ഇവിടെ അതെങ്ങനെ ഉണ്ടായി എന്തുകൊണ്ട് അങ്ങനെ ചിന്തിക്കുമ്പോൾ സൃഷ്ടിക്ക് പ്രാധാന്യം കൊടുക്കണമെങ്കിൽ ആ പുത്രന് പ്രാധാന്യമുണ്ടാകുമ്പോഴാണ് ചിന്തിക്കുന്നത് ആരാണോ പുത്രന്റെ പിതാവ് അപ്പവിടെ സൃഷ്ടിക്ക് പ്രാധാന്യം വന്നു കഴിഞ്ഞാൽ പിന്നെ സൃഷ്ടിയുടെ കാരണമുണ്ട് സൃഷ്ടിയെ ബന്ധപ്പെടുത്തി കാരണത്തെ കുറിച്ച് ചിന്തിക്കും ഇവിടെ അതല്ല ഇവിടെ എന്താണോ ബ്രഹ്മാനുഗമം അതാണ് ഇവിടുത്തെ വിഷയം സന്ദർഭം അതാണ് സൃഷ്ടി അവിടെ അപ്രധാനമാണ് സൃഷ്ടിയെ ബന്ധപ്പെടുത്തി അല്ല ബ്രഹ്മത്തെ അറിയേണ്ടത് സൃഷ്ടിയിലൂടെ അല്ല അറിയേണ്ടത് ബ്രഹ്മാനുഗമസ്റ്റ് ആരംഭ തത്ര അന്നമയാ അന്തര ആത്മാ പ്രാണമയ തതന്ത്രമനോമയ വിജ്ഞാനമയ വിധി അവിടെ എന്ത് ചെയ്തു അന്നമയത്തെക്കുറിച്ച് പറഞ്ഞു അന്നമയത്തെ കുറിച്ച് പറഞ്ഞത് എന്താണ് അന്നമയമെന്ന് വിശദമായി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടല്ല മറിച്ച് അതിനും അന്തരമായിരിക്കുന്നത് എന്താണ് അപ്പോ പറഞ്ഞു അതിനും അന്തരമായിരിക്കുന്നത് പ്രാണമയനായ ആത്മാവ് അപ്പൊ അവിടെ പ്രാണമയനെ വിശേഷിച്ച് മനസ്സിലാക്കിയിട്ട് കാര്യമില്ല അതിനും അന്തരമായിരിക്കുന്ന എന്താണ് മനോമയൻ അതിനും അന്തരമായിരിക്കുന്ന വിജ്ഞാനമയൻ ഇങ്ങനെ സ്ഥൂലത്തിൽ നിന്ന് സൂക്ഷ്മത്തിലേക്ക് വ്യാപകത്തിലേക്ക് ചിന്തിക്കാൻ വേണ്ടിയിട്ട് അത് പറഞ്ഞു തന്നേ ഉള്ളൂ അല്ലാതെ അതിൻ്റെ ഒന്നും തത്വങ്ങൾ ഗ്രഹിച്ച് അതിന്നതാണെന്ന് വ്യവച്ഛേദിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടല്ല അതിന് പ്രാധാന്യമുണ്ട് അതിലൂടെ പരമാർത്ഥ തത്വത്തെ അറിയുന്നു അത്രമാത്രമേ ഉള്ളൂ അതിന്റെ പ്രാധാന്യം എത്രമാത്രം അത് പരമാർത്ഥ ജ്ഞാനത്തിന് ഉപയോഗിക്കുന്നു അതാണ് അതിന്റെ പ്രാധാന്യം അതിൽ കവിഞ്ഞ അതിന് വസ്തുനിഷ്ഠമായ പ്രാധാന്യം ഇല്ല ഈ കോശങ്ങൾക്കൊന്നും വിജ്ഞാന ഗുഹായാം പ്രവേശിത തത്രച്ച ആനന്ദമയോ വിശിഷ്ട ആത്മാ പ്രദർശിത പിന്നെ അതിനപ്പുറം വിജ്ഞാനമയു ശേഷം അതിൻ്റെ ഉള്ളിൽ ആനന്ദമയം എന്നുവെച്ചാൽ അതിനേക്കാൾ സൂക്ഷ്മമായി അതിനേക്കാൾ ആനന്ദമയനായ ആത്മാവിനെ അവിടെ സ്ഥിരീകരിച്ചു അന്നമയത്തിൽ നിന്ന് ആനന്ദമയം വരെ എത്തിയപ്പോൾ എല്ലായിടത്തും ബോധിച്ചെന്താണോ ആത്മാവിനെയാണ് അത പരമാനന്ദമയ ലിംഗ അധികമദ്വാരേണ ആനന്ദ വിവൃദ്ധി അവസാന ആ പരമാനന്ദമയമായ കോശം ആനന്ദമയ കോശം അതിലൂടെ ഇനി ആനന്ദ വിവൃദ്ധിയെക്കുറിച്ച് പറയും ഇവിടെ യുവാവിന്റെ ആനന്ദം അങ്ങനെ ആനന്ദത്തിന്റെ വർദ്ധന കുറിച്ച് പറയും ആനന്ദ വിവൃദ്ധിയുടെ അവസാനം ാണ് ആത്മാവെന്ന് പറയും പരമകാഷ്ട ആത്മാവ് അതുകൊണ്ട് തന്നെ ആനന്ദസ്വരൂപം ആനന്ദമെന്നും ആനന്ദമെന്നും പറയുന്നു അപ്പൊ ആനന്ദത്തെക്കുറിച്ച് പറയുന്നത് പോലും ആത്യന്തികമായി ആത്മസ്വരൂപത്തിൽ എത്തിച്ചേരാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ ആനന്ദത്തെ പ്രത്യേകിച്ച് ഒന്നായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടല്ല അവിടെ ആത്മാവിനെ കുറിച്ച് എങ്ങനെ പറഞ്ഞു ഈ പറയുന്നതെല്ലാം വരും വികല്പങ്ങളാണ് അന്നം പ്രാണം മനം വിജ്ഞാനം ആനന്ദം ഇതെല്ലാം വരും വികല്പങ്ങൾ ബുദ്ധിയുടെ കൽപ്പനകൾ ആ സർവവികല്പങ്ങൾക്കും ആസ്പദമായിരിക്കുന്ന എന്താണ് നിർവികൽപ്പം അതിനെ ഒരു തരത്തിലും വിശേഷിപ്പിക്കാൻ അതിനെ അന്നം പ്രാണം മനസ് വിജ്ഞാനം ആനന്ദം ഇത്തരത്തിലൊന്നും വിശേഷിപ്പിക്കാൻ കഴിയാത്ത നെർവികല്പം അത് അതിനെ ബോധിപ്പിക്കുന്നു പക്ഷെ അതിനെ ബോധിപ്പിക്കുന്നതിന് എന്താണ് ഒരു അതിനുവേണ്ടിട്ടാണ് പറഞ്ഞത് തൃഷ്ട്രാവശ്യം അധികം ഇവിടെ എന്താണ് പറയുന്നത് സൃഷ്ടിച്ചിട്ട് അതിൽ പ്രവേശിച്ചു എന്നാണ് എവിടെ സൃഷ്ടിയിൽ പ്രവേശിച്ചു സൃഷ്ടിച്ചിട്ട് അതിൽ പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ എന്ത് മനസ്സിലാക്കണം അസ്യാമേവ ഗുഹായാം ീ സൃഷ്ടാവിനെ അറിയുന്ന ഒരേ ഒരു ഉപാധി അതിനുള്ള ഗുഹ എന്ന് പറഞ്ഞിരിക്കുന്നു വിജ്ഞാനമാകുന്ന ഉപാധി ആ ഉപാധിയിലൂടെ അധികന്തവ്യ അതിനറിയണം അതാണ് ഇവിടെ ബോധിപ്പിക്കുന്നത് അല്ല സൃഷ്ടിച്ചിട്ട് അതിവിടെയെങ്കിലും പ്രവേശിപ്പിച്ചു എന്നുള്ളതല്ല ആരാണോ ഈ സൃഷ്ടിയെക്കുറിച്ച് ചിന്തിക്കുന്നത് സൃഷ്ടാവിനെ കുറിച്ച് ചിന്തിക്കുന്നത് ജീവൻ ആ ജീവന്റെ വിജ്ഞാനം തന്നെയാണ് ഇവിടെ പറയുന്ന ഗുഹ ബുദ്ധിഗുഹ വിജ്ഞാന ഗുഹ അവിടെ ആണിതിനെ അറിയേണ്ടത് അതാണ് ഇവിടെ പ്രവേശം എന്ന് പറഞ്ഞിരിക്കുന്നത് മറ്റൊടുത്ത് ഇതിനറിയാൻ വഴിയില്ല അപ്പോ എന്തായ താല്പര്യം ഈ സൃഷ്ടികർത്താവിന് പ്രപഞ്ച കാരണമായിരിക്കുന്നതിന് ആരാണോ ഇതിനെ അന്വേഷിക്കുന്നത് അവന്റെ ഉള്ളിൽ തന്നെ ഇതാണ് സൃഷ്ടിച്ചിട്ട് പ്രവേശിച്ചു എന്ന് പറയുന്നതിന്റെ താല്പര്യം അല്ലാതെ ബ്രഹ്മം എന്തിനെങ്കിലും സൃഷ്ടിച്ചു തന്നോ സൃഷ്ടിച്ചതിലേക്ക് പ്രവേശിച്ചു തന്നോ എന്നുള്ള അർത്ഥത്തിലൊന്നുമല്ല സ്വന്തം ബുദ്ധിയിൽ ആരുടെ ജീവന്റെ ആണതിനെ ഗ്രഹിക്കേണ്ടത് ബുദ്ധിയാകുന്ന ഉപാധിയിലൂടെ അതിനെ ഗ്രഹിക്കുന്നു കാരണം ഇതാരെ ചിന്തിക്കുന്നതിനെ കുറിച്ച് സർവപ്രപഞ്ചത്തിനും കാരണമായ ഒരു ബ്രഹ്മത്തെക്കുറിച്ച് എന്തുകൊണ്ടവന് ചിന്തിക്കേണ്ടിവ കാരണം ജീവഭാവത്തിലിരിക്കുന്നുണ്ട് ജീവനാണ് ചിന്തിക്കുന്നത് ജീവനെയാണ് ഇവിടെ പ്രവേശിച്ചവനായി പറയുന്നത് ഇപ്പൊ ജീവന്റെ പ്രവേശം എന്ന് പറയുന്നത് എന്താണ് അവൻബുദ്ധിയിലൂടെ ഇതിനെ കുറിച്ച് ചിന്തിക്കുന്നു അത് പറയുന്നു അത് സർവവികല്പ എന്ന നിർവികല്പമാണ് അപ്പൊ നിർവികൽപമായിരിക്കുന്ന ആ പരമാത്മാവിന് നിർവികൽപ്പം എന്ന് പറഞ്ഞ തന്നെ അത് സർവാതീതമാണ് പക്ഷെ സർവാതീതമായിരിക്കുന്ന ഒന്നിന് ചിന്തിക്കേണ്ടി വരുന്നു ആർക്ക് ജീവൻ സർവാതീതമായിരിക്കുന്ന ഒന്നിനെ അവൻ അറിയാൻ ആഗ്രഹിക്കുന്നു അതിൻ്റെ സാക്ഷാത്കാരത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നു അങ്ങനെ ചിന്തിക്കേണ്ടി വരുമ്പോൾ അതിന് എങ്ങനെ അറിയാൻ കഴിയും അതിനെങ്ങനെ ഗ്രഹിക്കണം എങ്ങനെ മനസ്സിലാക്കണം ഗ്രഹിക്കുക അറിയുക മനസ്സിലാക്കുക എന്നെല്ലാം പറയുന്നത് എന്താണ് ഇതാണ് ബുദ്ധിയുടെ പ്രവൃത്തി വിജ്ഞാനത്തിൻ്റെ പ്രവൃത്തി ആ വിജ്ഞാനം ആ വിജ്ഞാനം മാത്രമാണ് ഇതിന് അറിയുന്നതിന് സഹായകമായിരിക്കുന്നത് അതിലൂടെ അറിയുക അത് നമ്മൾ സാധാരണ ഭാഷയ്ക്ക് എന്താണ് ഇതിനുള്ളിൽ അറിയണം പുറമേ അല്ല അറിയുന്നത് ഈ ഉള്ളും പുറമും എന്ന് പറയുന്നത് എന്തിനാണ് ഉള്ളെന്ന് പറയുന്നു പരബ്രഹ്മം പരമാത്മാവ് അത് ഉള്ളും പുറമൊന്നുമില്ലാത്തതാണ് ഇവിടെ ഉള്ളെന്ന് പറയുന്നത് ഈ ബുദ്ധിയാണ് ബുദ്ധിയാണ് ഉള്ളെന്ന് പറയുന്നത് ഉള്ളിലറിയാന്ന് പറഞ്ഞാൽ ബുദ്ധിയിലറിയ മനനം ചെയ്യുന്നതും ധ്യാനിക്കുന്നതും എല്ലാം ബുദ്ധിയാണ് അപ്പൊ പരമാത്മാവിനെ അറിയുന്നതിന് ഒരേ ഒരു ഉപായമേ ഉള്ളൂ ബുദ്ധി തൻ്റെ ഉള്ളിൽ അറിയുക തൻ്റെ ഉള്ളിൽ തൻ്റെ സ്വരൂപത്തെ അറിയുക തൻ്റെ ബുദ്ധിയിലൂടെ തന്റെ വാസ്തവ സ്വരൂപത്തെ അറിയുക അതിനുവേണ്ടി പറഞ്ഞു സൃഷ്ടിച്ചിട്ട് അതിൽ പ്രവേശിച്ചിരിക്കുന്നു അത്ര മാത്രമേ ഉള്ളൂ എൻ്റെ താല്പര്യം അപ്പോൾ സൃഷ്ടിച്ചിട്ട് അതിൽ പ്രവേശിച്ചവനാണ് സൃഷ്ടിച്ചവനെ അറിയാൻ ശ്രമിക്കുന്നത് അവിടെ തന്നെയാണ് സൃഷ്ടിച്ചത് താൻ തന്നെയാണ് പ്രവേശിച്ചിരിക്കുന്നത് എന്നെല്ലാം ഈ ബുദ്ധിയാകുന്ന ഉപാധിയിലൂടെ അറിയണം അതിനുവേണ്ടി പറഞ്ഞു സൃഷ്ടിച്ചിട്ട് പ്രവേശിച്ചിരിക്കുന്നു അവൻ തന്നെയാണ് ചിന്തിക്കുന്നത് സൃഷ്ടിച്ചവൻ തന്നെയാണ് ചിന്തിക്കുന്നത് പ്രവേശിച്ചവൻ തന്നെയാണ് ചിന്തിക്കുന്നത് അത് സൃഷ്ടികർത്താവായ പ്രവേശിച്ചവനായ തന്നെ കുറിച്ച് തന്നെയാണ് ചിന്തിക്കുന്നത് ഇവിടെ രണ്ടാമതൊരു ഉപായമില്ല ഈ ബുദ്ധി ഈ അറിവല്ലാതെ ഇതിനറിയുന്നതിന് മറ്റൊരു ഉപായമില്ല അത് ബോധിപ്പിക്കുകയാണ് നീ അന്യത്ര ഉപലഭ്യത ബ്രഹ്മ സൃഷ്ടിയിൽ പ്രവേശിച്ചു എന്ന് പറഞ്ഞാൽ എന്താ എന്റെ താല്പര്യം എന്താണ് ഈ സൃഷ്ടി ആ സൃഷ്ടിയെ കുറിച്ചാണ് പറഞ്ഞത് അന്നം പ്രാണം മനസ്സ് ബുദ്ധി വിജ്ഞാനം ആനന്ദം ഇതെല്ലാം സൃഷ്ടിയാണ് ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് എത്രയാണോ പ്രപഞ്ചത്തെ നമ്മൾ സാധാരണ അന്നമയമായി അറിയുന്നു സ്ഥൂലമായി ബാഹ്യമാണ് ഒന്നുകൂടി സൂക്ഷ്മമായിട്ട് പറഞ്ഞു അത് അന്നം മാത്രമല്ല പ്രാണൻ മനസ്സ് ബുദ്ധി വിജ്ഞാനം ആനന്ദം ഇങ്ങനെ പല പേരുകളിൽ പറഞ്ഞു അതിൽ ആ സൃഷ്ടിയിൽ ഇതിനെ അറിയണം അപ്പൊ സൃഷ്ടി എന്ന് പറയുമ്പോൾ നമ്മൾ പറയാം അത് ബാഹ്യമാണ് വ്യാപകമാണ് അന്തമില്ലാത്തതാണ് അനന്തമാണ് പ്രപഞ്ചം അതിന് എവിടെയാന്വേഷിക്കേണ്ടത് അതുകൊണ്ട് പറഞ്ഞു ആ സൃഷ്ടിയിൽ അന്യത്ര മറ്റൊരിടത്തും ബ്രഹ്മ ഉപലഭ്യത ഈ ബ്രഹ്മം ഉപലബ്ധമല്ല പിന്നെ ഈ സൃഷ്ടി സൃഷ്ടിയെക്കുറിച്ചും ചിന്തിക്കുന്ന ഈ ചിന്തയിലല്ലാതെ വേറിടത്തും അത് ഉപലബ്ധമല്ല നിർവിശേഷത്വം അതെന്തുകൊണ്ടോ നിർവിശേഷമോ അത് നാമരൂപരഹിതമാണ് അതിനെ അന്നം പ്രാണം മനസ്സ് വിജ്ഞാനം ആനന്ദം എന്നൊന്നും പറയാൻ വയ്യ അത് സർവാധാരമാണെന്ന് ഒരു തരത്തിലതിനെ വിശേഷിപ്പിക്കാൻ വയ്യ എന്നാൽ പ്രപഞ്ചം അനുഭവപ്പെടുന്നുണ്ട് ഈ പറയുന്ന കാര്യങ്ങളും ജീവൻ അനുഭവപ്പെടുന്നുണ്ട് ഇതെല്ലാം സവിശേഷമാണ് ഇതിലൊന്നിനും അതുപലബ്ധമാകുന്നില്ല സൃഷ്ടിയിലൊന്നിനും നിർവിശേഷമാണ് എന്നാൽ ഈ സൃഷ്ടിയിൽ ഒരു ഉപാധ്യമുണ്ട് അതിനെ അറിയുന്നത് അതിനാണ് നമ്മൾ പറയുന്നത് മനസ്സ് ബുദ്ധി വിജ്ഞാനം വിശേഷ സംബന്ധവും ഹി ഉപലബ്ധിയെ ദുർദിഷ്ട എവിടെയെങ്കിലും ഒന്നിന്റെ ഒരറിവുണ്ടാകണമെങ്കിൽ അതുമായിട്ടൊരു പ്രത്യേക ബന്ധമുണ്ടാവണം എന്നാലും ഉണ്ടാവത്തുള്ളൂ ഉപലംബിക്കാതാണ് ഹേതു ഒരു ഉദാഹരണം പറയുന്നത് പ്രസിദ്ധമായ ഉദാഹരണം യഥാ രാഹു ചന്ദ്ര അർക്കവിശിഷ്ട സംബന്ധം രാഹു രാഹുവിന് ചന്ദ്രനും സൂര്യനുമായി വിശിഷ്ടമായൊരു സംബന്ധം വരുമ്പോൾ സാധാരണ പറയും രാഹു ചന്ദ്രനെയും സൂര്യനെയും ഗ്രസിക്കുന്നു വിഴുങ്ങുന്നു പറയും സാധാരണ ചന്ദ്രനെയും സൂര്യനെയും എപ്പോഴും കാണുന്നുണ്ട് ആകാശത്ത് കാണും പക്ഷെ രാഹുവിനെപ്പോ കാണുന്നു ആ രാഹുവും ചന്ദ്രനും സൂര്യനുമായിട്ടൊരു പ്രത്യേക ബന്ധം വരുന്നു വരുമ്പോ അവിടെ കാണുന്നു ഗ്രഹണം അപ്പോ രാഹുഗ്രസ്ഥനായി സൂര്യനെയും ചന്ദ്രനെയും കാണുമ്പോൾ രാഹുവിനെയും കാണുന്നു അവിടെ ഒരു ഒരു പ്രത്യേക ബന്ധം വന്നു സൂര്യനും ചന്ദ്രനുമായി രാഹുവിന് ഇതൊരു പൗരാണിക സങ്കല്പമാണ് രാഹു സൂര്യനെയും ചന്ദ്രനെയും ഗ്രഹഗ്രഹിക്കുന്നു അങ്ങനെ ഗ്രഹണം ഉണ്ടാകുന്നു എന്നെല്ലാം പറയുന്നു ഇന്നത്തെ അറിവിന് കാര്യമല്ല അത് പഴയൊരു വിശ്വാസം വെച്ചുകൊണ്ട് പറയണം രാഹു ഗ്രസിക്കുമ്പോ വേറെ സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട് രാഹുഗ്രസ്ത ദിവാകരേന്ദു എന്നെല്ലാം ശങ്കരാചാര്യം പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതൊരു ആ ഒരു കഥയുടെ അടിസ്ഥാനത്ത് പറയുകയാണ് ഇന്നെങ്ങനെ ആഗ്രഹണം വരുന്നെന്നുള്ളത് നമുക്ക് അറിയാം അതിന് രാഹുവുമായിട്ട് ബന്ധമൊന്നുമില്ല പക്ഷെ പണ്ടങ്ങനെ വിശ്വസിച്ചിരുന്നു രാഹു വിഴുങ്ങുന്നു സൂര്യനെയും ചന്ദ്രനെയും അങ്ങനെ ഗ്രഹണം വരുന്നു എന്തായാലും ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെയുള്ള ചില പഴഞ്ചൻ വിശ്വാസങ്ങൾ ശങ്കരാചാര്യർക്കും ഉണ്ടായിരുന്നു പല ഭാഗത്തും ഇത് പറയും ഇന്നത്തെ കാലത്ത് ഇടിത്തമാണ് പക്ഷെ അതൊക്കെ ഒരു വിശ്വാസമായി സ്വീകരിച്ചിരുന്നു ഇപ്പോ രാഹുവിന് സൂര്യനും ചന്ദ്രനുമായി ബന്ധമുണ്ടാകുമ്പോൾ രാഹുവിനെ അറിയുന്നു ഗ്രഹണരൂപം അതാണ് പറഞ്ഞത് ഉപലബ്ധിക്ക് വിശിഷ്ടമായ ബന്ധം പെയ്തു കാണും അതുപോലെ അന്ധക്കരണ ഗുഹ ആത്മസംബന്ധോ ബ്രഹ്മണ ഉപലബ്ധി ചെയ്തു ദൃഷ്ടാന്തത്തിൽ നിന്ന് ഇത്രയും മനസ്സിലാക്കിയാൽ മതി രാഹു സൂര്യനെയും ചന്ദ്രനെയും വിഴുങ്ങുന്നോ ഇല്ലയോ അതൊന്നുമല്ല അവിടെ പറയും എന്തായാലും ഒരു വിശിഷ്ട സംബന്ധം കൊണ്ട് നമുക്കൊരു പ്രത്യേക അതുവരെ പ്രകാശിച്ചിരുന്ന സൂര്യനും ചന്ദ്രനും മങ്ങിപ്പോകുന്നു അവിടെ നേളില് വീഴുന്നു അവിടെ സൂര്യന് സൂര്യനായും ചന്ദ്രനെ ചന്ദ്രനായും കാണാൻ പറ്റുന്നില്ല മറ്റൊരനുഭവം ഉണ്ടാവും ഒരു ഇരളിന്റെ അനുഭവം മറ്റെന്തോ ഒന്നിന്റെ ഒരു ബന്ധമാണ് അത് ശങ്കരാചാര്യർ വിചാരിച്ചത് രാഹു വന്ന് വിഴുങ്ങുന്നു അതുപോലെ അത് ശരിയോ തെറ്റോ ശാസ്ത്രീയമാണ് അത് നമ്മൾ പരിശോധിക്കേണ്ട കാര്യമില്ല ഒരു വിശിഷ്ട സംബന്ധം കൊണ്ട് പ്രത്യേക അനുഭവം ഉണ്ടാവുന്നു അത്രയും എടുത്താമോ ഇവിടെ വേറെ ഉദാഹരണം പറയും എന്താണ് മുമ്പിലിരിക്കുന്ന വസ്തു കാണുന്നവൻ ആ വസ്തുവിന്റെ മുമ്പേ ഇരിക്കുന്നു പക്ഷെ വസ്തുവിനെ കാണുമ്പോൾ വേണം പ്രകാശവും അതുമായിട്ടുള്ള സംബന്ധം വേണം അല്ലെങ്കിൽ തനിക്ക് കണ്ണുണ്ട് കണ്ണ് തുറന്നാണ് ഇരിക്കുന്നത് പക്ഷെ വസ്തുവിനെ കാണാൻ പറ്റത്തുള്ളൂ വസ്തുവിനെ കാണണമെങ്കിൽ പ്രകാശവും വസ്തുവുമായിട്ടുള്ള ബന്ധം വേണം അത് വിശിഷ്ട സംബന്ധം അത് കുറച്ചുകൂടി വ്യക്തമായ ഉദാഹരണം ആ വിശിഷ്ട സംബന്ധം കൊണ്ട് ആ ഇതിൻ്റെതാണ് വസ്തു എന്നറിയുന്നു അതുപോലെ അന്ധക്കരണ ഗുഹ ആത്മസംബന്ധം അന്ധക്കരണമാകുന്ന ഗുഹ അവിടെയുള്ള ആത്മസംബന്ധം ആത്മാവിന്റെ ബന്ധം അന്ധക്കരണവും ആത്മാവുമായുള്ള ബന്ധം മനസ്സും ആത്മാവുമായുള്ള ബന്ധം വിജ്ഞാനവും ആത്മാവുമായിട്ടുള്ള ബന്ധം ആ ബന്ധമാണ് ബ്രഹ്മണോപരഹേതു അതാണ് ബ്രഹ്മജ്ഞാനത്തിന് ഹേതുവായിരിക്കുന്നത് ഇതാണ് തദൈവ അനുപ്രാവശ്യതെന്ന് പറഞ്ഞാൽ താല്പര്യം മറിച്ച് സൃഷ്ടിച്ചു അതിലേക്ക് കയറി ഇതിനൊക്കെ പറഞ്ഞല്ലോ വീടുണ്ടാക്കിയിട്ട് അത് അതിൽ അങ്ങനെയൊന്നുമല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഇത്രേ ഉള്ളൂ എന്തായാലും ശ്രുതി ബ്രഹ്മസാക്ഷാത്കാരത്തെക്കുറിച്ച് പറയും ബ്രഹ്മത്തെ സാക്ഷാത്കരിക്കാൻ കഴിയുമെന്ന് പറയുന്നു ബ്രഹ്മമാണ് പരമാകാരണമെന്ന് പറയുന്നു പക്ഷെ ആ ബ്രഹ്മം തന്നെയാണ് ജീവന്റെ സ്വരൂപമെന്നും പറയും ബ്രഹ്മം ജീവന്റെ സ്വരൂപമാണെങ്കിൽ ജീവൻ സ്വസ്വരൂപത്തെ അറിയും എങ്ങനെ അറിയും അതിനുവേണ്ടി പറഞ്ഞു തദേവാനുപ്രാവിശ ആ ബ്രഹ്മത്തിന് ഈ ജീവന്റെ ഉപാധിയായിരിക്കുന്ന ബുദ്ധിയുമായിട്ടുള്ള ബന്ധമുണ്ട് ആ ബുദ്ധി ബന്ധത്തിലൂടെ ആ ബ്രഹ്മത്തെ അറിയും ആ ബുദ്ധിയുമായിട്ടുള്ള ബന്ധമെന്ന് പറയുന്നത് എന്താണോ ബുദ്ധി എവിടെ അത് നമ്മൾ പറയുള്ളത് ജീവൻ തവൻ തന്റെ മായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ബുദ്ധി ആരും പറയത്തില്ല എന്റെ ബുദ്ധിതാ പുറത്താണ് ഞാൻ കാണുന്നത് പോലെ സൂര്യനെയും ചന്ദ്രനെയും നാമരൂപങ്ങളെ കാണുന്നതുപോലെ എന്റെ ബുദ്ധി എന്നിൽ നിന്ന് വേറെയാണ് എനിക്ക് പുറത്താണ് എന്ന് പറയാൻ കഴിയില്ല തന്റെ ബുദ്ധിയെ താനായിട്ട് തന്നെയാണ് കാണുന്നത് എന്റെ അറിവ് ഞാൻ ഞാൻ അറിയുന്ന എന്റെ അറിവ് സർവത്തെയറിയ അറിവ് സർവത്തെയും അറിയുന്ന അറിവിന് താനുമായിട്ട് ബന്ധമുണ്ടല്ലോ സർവത്തെയും തന്നോട് ബന്ധിപ്പിക്കുന്ന അറിവ് അറിവിന് എന്താണ് തന്നോട് ബന്ധമുള്ളതാണ് അന്തത്തിന് ഗുഹ ആത്മസംബന്ധം എന്ന് പറഞ്ഞത് ഈ ആത്മസംബന്ധത്തെ ബുദ്ധിയുമായിട്ടുള്ള ആത്മസമ്പത്തത്തെ ബോധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പറഞ്ഞത് തദേവാനുപ്രാവശ്യത് സൃഷ്ടിയിൽ അതെ പ്രവേശം ചെയ്തിരിക്കുന്നു എന്നുവെച്ചാൽ തന്റെ ഉള്ളിൽ തന്നെ അറിയുക നമ്മൾ കേൾക്കുന്ന അർത്ഥമല്ല സൃഷ്ടിച്ചിട്ട് അതിൽ പ്രവേശിച്ചു എന്ന് പറയുമ്പോ നമ്മുടെ മുമ്പിൽ വരുന്ന ചിത്രം ഏറെയാണ് ഒരു സൃഷ്ടി കടത്താവ് ഈ പ്രപഞ്ചത്തെ മുറിവൻ സൃഷ്ടിച്ചു എന്നിട്ട് അതിൽ പ്രവേശിച്ചു അതൊന്നുമല്ല അങ്ങനെ ഒരു സൃഷ്ടിയെ കുറിച്ചോ പ്രവേശത്തെക്കുറിച്ചോ ഒന്നും ശ്രദ്ധിക്ക താൽപ്പര്യമില്ല നമ്മളെ ബോധിപ്പിക്കാം പിന്നെന്താണോ തന്റെ തന്നിൽ പ്രകാശിക്കുന്ന ഈ അറിവ് ഇതിലൂടെ തന്റെ സ്വരൂപത്തെ അറിയുക അവിടെ തന്നെ സൃഷ്ടി കടത്താവുണ്ട് അവിടെ തന്നെ സൃഷ്ടിയുണ്ട് അങ്ങനെ അന്ധക്കരണ ഗുഹ ആത്മസംബന്ധോ ബ്രഹ്മൺ ഉപലബ്ധി ചെയ്തു അന്ധക്കരണമാകുന്ന ഈ ഗുഹ അതും ആത്മാവുമുള്ള ബന്ധം അതാണ് ബ്രഹ്മണുപലബ്ധി ഹേതു സത്യം ജ്ഞാനം ബ്രഹ്മ എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തിന്റെ ജ്ഞാനത്തിന് ഹേതുവായിരിക്കുന്ന അതാണ് സന്നിഖഷാദ് അവഭാസാത്മകത്വ അന്ത കണ്ണസ് എന്തുകൊണ്ട് ഇതെല്ലാ വേറുപായും ഇല്ലാന്ന് പറഞ്ഞു അതാണ് ഏറ്റവും ഏറ്റവും ബന്ധപ്പെട്ടിരിക്കുന്നത് തന്നോട് ഏറ്റവും ബന്ധപ്പെട്ടിരിക്കുന്ന എന്താണ് തന്റെ അന്ധകരണമാണ് തന്നോട് ഏറ്റവും ബന്ധപ്പെട്ടിരിക്കുന്ന താനാര് താനൊരാള് സാധാരണ ഒരുപാട് ചിന്തിക്കും എന്താണ് ഇന്ന നാമരൂപത്തോടു കൂടിയ രാമൻ കൃഷ്ണൻ സീത എന്നീ നാമങ്ങളോടുകൂടിയ ഈ രൂപം ഈ വ്യക്തി വ്യക്തി എന്ന് പറയുമ്പോൾ എല്ലാം ചെയ്യുള്ളൂ നാമവും രൂപവും ആകൃതിയും എല്ലാം ചെയ്യും അതല്ല മനസ്സെന്താണോ സന്യകർഷ തന്റെ സ്വരൂപത്തോട് ഏറ്റവും ചേർന്നിരിക്കുന്നത് എന്താണ് അന്ധക്കല്ലമാണ് മാത്രമല്ല എന്താണ് അവഭാസാത്മകത്വ അത് പ്രകാശിപ്പിക്കുന്നു സർവത്തെയും അത് അന്നമയാദി കോശങ്ങളെല്ലാം പ്രകാശിപ്പിക്കുന്നു അത് ജീവനെ പ്രകാശിപ്പിക്കുന്നു ആ ബുദ്ധിയാണെന്ന് പറയുന്നത് എന്താണോ ത സൃഷ്ടുവാനും പ്രാപിച്ചത് ഇത് മറ്റാരും പറയും സ്വന്തം അന്ധകരണമാ പറയുന്നു ഇത് ഈ അന്ധകരണത്തെ മാറ്റി നിർത്തിയിട്ട് നോക്കുക ഇതാരും പറയും ഈ അന്ധകരണത്തെ മാറ്റി നിർത്തിയാൽ പറയാനാരുമില്ല കേൾക്കാനാരും ഇല്ല ശ്രുതിയുമില്ല വേദവുമില്ല എന്തൊക്കെ മാറ്റിയാൽ പിന്നെ വേദമുണ്ട് ബോധിപ്പിക്കാനാരെങ്കിലും അങ്ങനെ സങ്കല്പിക്കാനേ നിർത്തിയില്ല എന്തുകൊണ്ട് അവഭാസാത്മകത്വം അത് സർവത്തെയും പ്രകാശിപ്പിക്കുന്നു പ്രപഞ്ചത്തെയോ ബ്രഹ്മത്തെയോ അല്ലെങ്കിൽ വേദത്തെയോ തത്വത്തെയോ സർവത്തെയും പ്രകാശിപ്പിക്കുന്നു സർവത്തെയും പ്രകാശിപ്പിക്കുന്ന ഈ ഒരു പ്രകാശം ആ പ്രകാശം മാത്രമേ ഉള്ളൂ ഇവിടെ സ്വസ്വരൂപത്തെ അറിയുന്നതിന് സ്വതത്വത്തെ അറിയുന്നതിന് അല്ലെങ്കിൽ ആത്മാവിനെ അറിയുന്നതിന് ഇതാണ് തദേവാനുപ്രാവശ്യം എന്ന് പറയുന്നതിന്റെ താപര്യം ശ്രീ പറയുന്നത് എന്ത് നിന്റെ തത്വത്തെ നിന്റെ ഉള്ളിൽ അറിയുക നിന്റെ ബുദ്ധിയിലൂടെ അറിയുക നിന്റെ അന്ധകരണത്തിലൂടെ അറിയുക അത് നിന്റെ ഉള്ളിലാണ് പ്രകാശിക്കുന്നത് അതിന് വേറെ ഒരു ഉപായവും ഇല്ല പക്ഷെ അത് പറഞ്ഞ ഭാഷ നമ്മൾ വ്യാഖ്യാനിക്കുമ്പോൾ എന്താണ് അത് സൃഷ്ടിച്ചു എന്നിട്ട് അതിൽ പ്രവേശിച്ചു അത് നമ്മിൽ നിന്ന് ഒരുപാട് തത്വം അകന്നു തത് എന്നുള്ള ശബ്ദം തന്നെ എന്താണ് അകൽച്ചയെ കാണിക്കുകയാണ് അത് സൃഷ്ടിച്ചു ആരോ സൃഷ്ടിച്ചു ചിന്തിയൊക്കെ സൃഷ്ടിച്ചു പിന്നെ ആ സൃഷ്ടിയിലത് പ്രവേശിച്ചു അതിന് നാമമായിട്ടൊരു ബന്ധമില്ല അപ്പോ ആയാലും സൃഷ്ടിയെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി എന്താണ് ഈ സൃഷ്ടി എന്താണ് സൃഷ്ടിയുടെ രഹസ്യം സൃഷ്ടിയെ സൃഷ്ടിച്ച സൃഷ്ടിക്ക് കാരണം എന്താണ് സൃഷ്ടി ചിന്ത അതായിപ്പോ അത് വരാതിരിക്കാൻ വേണ്ടി പറയുന്നു അതൊന്നും ശ്രുതിക്ക് ഒരു താല്പര്യമില്ല അതല്ല വീക്ഷിതം ശ്രുതി തന്റെ ഉള്ളിനെ ബോധിപ്പിക്കുന്നു തന്റെ ഉള്ളിൽ എന്താണെന്ന് എല്ലാവർക്കും അറിയാം അതിലൂടെ എന്താണ് ഔഭാസാത്മകമായ സർവത്തെയും പ്രകാശിപ്പിക്കുന്ന അതിലൂടെ അന്ധകരണത്തിലൂടെ അതിലൂടെ ഏറ്റവും സന്നിഹർഷമായിരിക്കുന്നു ചേർന്നിരിക്കുന്നു അല്ലെങ്കിൽ അതിലൂടെ പ്രകാശിക്കുന്ന ആ തത്വത്തെ ഗ്രഹിക്കാൻ ആവശ്യപ്പെടുകയാണ് ആരോടും ഓരോ ജീവനോടും ശ്രുതിയുടെ ഓരോ ശ്രോതാവിനോടും യഥാ ആലോകവിശിഷ്ട ഘടാതി ഉപലബ്ധി ഘടാദി നിറഞ്ഞ വസ്തുക്കൾ പദാർത്ഥങ്ങൾ അതിനെ കണ്ണിലൂടെ ഗ്രഹിക്കണമെങ്കിൽ കാണണമെങ്കിൽ എന്തുവേണം പ്രകാശം ആലോകവിശിഷ്ടമായി അനുഭവപ്പെടുന്നു ആലോകത്തെ മാറ്റി നിർത്തിയിട്ട് വസ്തുവിനെ കാണാൻ സാധ്യമല്ല കണ്ണുകൊണ്ട് കാണാൻ സാധ്യമല്ല ആത്മപലബ്ധി സ്യാ അതാണ് കഥാഭിമാനപ്രാവശ്യതെന്ന് പറഞ്ഞു ബുദ്ധിപ്രത്യമാകുന്ന ആലോകം ബുദ്ധിപത്യകളാകുന്ന ആലോകം ബുദ്ധിപരിണാമമാകുന്ന വെളിച്ചം പുറമെയുള്ള വെളിച്ചം ആ വെളിച്ചത്തെയും പ്രകാശിപ്പിക്കുന്ന എന്താണ് ബുദ്ധിപരിണാമമാകുന്ന ഉള്ളിലെ വെളിച്ചം ഉള്ളിലെ വെളിച്ചമില്ലെങ്കിൽ വസ്തുവിനെ കാണാൻ കഴിയും പ്രകാശത്തെ കാണാൻ കഴിയും ഒന്നുമില്ല ബുദ്ധിപ്രത്യം ബുദ്ധിയാകുന്ന ആ വെളിച്ചം ആ വെളിച്ച വിശിഷ്ടമായിരിക്കുന്ന ആ വെളിച്ചത്തോട് സന്നികർഷമായിരിക്കുന്നു ആ വെളിച്ചത്തിലൂടെ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നതാണ് ആത്മാവ് ആത്മോപലബ്ധി എന്ന് പറയുന്നത് ബുദ്ധിയിലൂടെയുള്ള സ്വരൂപപ്രകാശമാണ് അതാണ് പറയുന്നത് തദൈവ അനുപ്രാപിച്ചത് അല്ലാതാരും പ്രവേശിച്ചു എന്നുള്ളതായിരുന്നു ബുദ്ധിയിലൂടെ നിന്റെ സ്വരൂപത്തെ അറിയിക്കും അതാണ് നിന്റെ താല്പര്യം തസ്മാത് ഉപലബ്ധിഹേതു ഗുഹായാം നിഹിതമിരി പ്രകൃതമേവ അതുകൊണ്ട് പറയുന്നു പ്രകൃതം വിട്ട് ചിന്തിക്കരുത് സൃഷ്ടിയെ കുറിച്ചോ സൃഷ്ടാവിനെക്കുറിച്ചോ എല്ലാം പറയുമ്പോൾ സന്ദർഭത്തിൽ നിന്നും മാറിപ്പോയിട്ട് സൃഷ്ടി എങ്ങനെ സംഭവിക്കുന്നു അത് അംശമാണോ പ്രതിബിംബമാണോ മറ്റെന്തെങ്കിലും ആണോ ഇത്തരത്തിലൊന്നും ചിന്തിച്ചു പോകരുത് സന്ദർഭത്തിൽ നിന്നുകൊണ്ട് ചിന്തിക്കുക ും ഗുഹായാം നിഹിതം എന്ന് പറഞ്ഞാൽ സുസ്വരൂപം തൻ്റെ തന്നെ ഉള്ളിൽ സദാപ്രകാശിക്കുന്നു തൻ്റെ തന്നെ ബോധത്തിലൂടെ പ്രകാശിക്കുന്നു തൻ്റെ തന്നെ ചിത്തത്തിലൂടെ മനസ്സിലൂടെ ബുദ്ധിയിലൂടെ അത് പ്രകാശിക്കുന്നു തൻ്റെ ബുദ്ധിക്കും അത് ആധാരമായിരിക്കുന്നു തദ്വൃത്തിസ്ഥാനീയേതുഹ പുനഃ തത്സൃഷ്ടപ്രാവശ്യ അന്തർനിഹിതം ഗുഹായാമെന്ന് നേരത്തെ പറഞ്ഞല്ലോ നിന്റെ ഉള്ളിൽ നിന്റെ ബുദ്ധിയിൽ അത് ഒളിഞ്ഞിരിക്കുന്നുണ്ട് നിന്റെ ബുദ്ധിയിലൂടെ പ്രകാശിക്കുന്നതാണോ നിന്റെ ബുദ്ധിയെ പ്രകാശിപ്പിക്കുന്നതാണോ എന്നു പറഞ്ഞല്ലോ തദ്വൃത്തിസ്ഥാനി അതിന്റെ വിശദീകരണമാണ് ഈ പറയുന്നത് സൃഷ്ടിച്ചിട്ട് അതിൽ പ്രവേശിച്ചു എന്ന് പറയുന്നത് അതല്ലാതെ അതിൽ നിന്നും മറ്റൊരർത്ഥത്തെയും ഗ്രഹിക്കരുതെന്നാണ് അന്തർഗുഹായാം പ്രവിഷ്ഠ എന്ന് പറയുന്ന അതേ താല്പര്യം തന്നെ അതിന്റെ വിശദീകരണ രൂപത്തിലാണ് വ്യാഖ്യാന രൂപത്തിലാണ് പറഞ്ഞത് പുനഃ തത് സൃഷ്ടുവ സൃഷ്ടിച്ചിട്ട് അതതിൽ പ്രവേശിച്ചിരിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ താല്പര്യം അതാണ് നിന്റെ ഉള്ളിൽ നിന്റെ സ്വരൂപത്തെ ഗ്രഹിക്കുക നിന്റെ ബുദ്ധിയിലൂടെ ഗ്രഹിക്കുക നിന്റെ മനസ്സിലൂടെ അതിനഗ്രഹിക്കുക നിന്റെ മനസ്സിനെ പ്രകാശിപ്പിക്കുന്നതായിട്ടും നിന്റെ മനസ്സ് ആധാരമായിട്ടും അതിനനുഗ്രഹിക്കുക അതാണ് അനുപ്രവേശം എന്ന് പറയുന്നതിന്റെ താല്പര്യം അല്ലാതെ ആരും അങ്ങോട്ട് കടന്നു ചെന്നു എന്നൊന്നും അർത്ഥമെടുക്കരുത് സൃഷ്ടനുപ്രാവശ്യം എന്ന് പറയുന്ന മന്ത്രത്തിന്റെ താല്പര്യം വളരെ ലളിതമാണ് കുറവുപക്ഷെ ഒരുപാട് ചിന്തിച്ച് ചിന്തിച്ച് ചിന്തിച്ച് ഒരുപാട് സിദ്ധാന്തങ്ങളൊക്കെ ഉണ്ടാക്കി സൃഷ്ടി എങ്ങനെ സംഭവിക്കാം അതുകൊണ്ടാണ് പറയുന്നത് അത് വിധത്തിൽ സൃഷ്ടി എങ്ങനെ സംഭവിച്ചൊരു ചോദ്യമേയില്ല ജനിക്കാത്ത കുട്ടിയുടെ അച്ഛൻ ആരാണെന്ന് അന്വേഷിക്കേണ്ട കാര്യമുണ്ട് ആരും അന്വേഷിക്കാറില്ലല്ലോ ഇനി ജനിച്ചിട്ടേ ഇല്ലെങ്കിൽ പിന്നെ പിതൃത്വത്തെ കുറിച്ചുള്ള അന്വേഷണം വ്യർത്ഥമാണ് അങ്ങനെ ഒരു അന്വേഷണം അത് വിധത്തിലില്ല ഒരിടത്തും ഇല്ല നമ്മള് ഭാഷകാരൻ ആവർത്തിച്ച് ആവർത്തിച്ച് പറയും സൃഷ്ടിയെ കുറിച്ച് പറയുന്നിടത്തൊന്നും സൃഷ്ടിയുള്ള താല്പര്യത്തോടെ പറയുന്നതല്ല അതിവിടെയും വ്യക്തമാക്കുന്നു തത്സൃഷ്ടുപ്രാവിശ്യം എന്ന് പറയുന്നത് എന്റെ താല്പര്യ ഇതാണോ തദിവം ആകാശാദി കാരണം കാര്യം സൃഷ്ടുപ്രവിഷ്ടം ഇവ അന്തർഗുഹായ വ്യാഖ്യാനിക്കുന്നു മന്ത്രത്തെ തദൈവ ആ പരമാത്മാവ് തന്നെ കാശാദി കാരണം ഇതം എന്താണോ ഈ കാണുന്നത് കാര്യം ആകാശാദി കാരണം തത് ആകാശാദികൾക്കും കാരണമായിരിക്കുന്ന ബ്രഹ്മം ഇതം കാര്യം സൃഷ്ട ഈ കാര്യത്തെ സൃഷ്ടിച്ചിട്ട് തത് അനുപ്രവിഷ്ടം ഇവ എന്നാണ് അതിലേക്ക് കടന്നു കയറിയത് പോലെ അല്ല അങ്ങനെയൊന്നും ഒന്നിനെ സൃഷ്ടിച്ചിട്ട് വീട് വെച്ചിട്ട് അതിന്റെ ഉള്ളിൽ പ്രവേശിക്കുന്ന പോലെ ഒന്നും സംഭവിക്കുന്നല്ലോ അതുകൊണ്ടാണ് അവിടെ പറഞ്ഞത് അനുപ്രവിഷ്ടം യുവാ യുവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിടത്തും വാച്ചിയാർത്ഥത്തെ എടുക്കരുത് യുവാന്ന് എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഉടൻ ലക്ഷ്യാർത്ഥത്തെ അന്വേഷിച്ചു പരമ താല്പര്യത്തെ മനസ്സിലാക്കണം അതനുപ്രവിഷ്ടം യുവാ അതങ്ങോട്ട് കടന്നതുപോലെ അന്തർഗുഹായാം അന്തർഗുഹ എന്താണ് ബുദ്ധവും ിന്തിക്കുന്ന തന്റെ ബുദ്ധിയിൽ അല്ലെങ്കിൽ ശ്രുതിയെ ശ്രവിച്ച തത്വത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവന്റെ ബുദ്ധിയിൽ ജീവബുദ്ധിയിൽ അവിടെ ദ്രഷ്ട്രോതൃ മന്ത്ര വിജ്ഞാതൃ ഇത്യവും വിശേഷ ഉപലബ്യത ുദ്ധിയിൽ തന്നെ അത് ഉപലബ്ധമാകുന്നു തൻ്റെ ഉള്ളിൽ തന്നെ അത് അറിയുന്നു എങ്ങനെ ദൃഷ്ടാവായി കാണുന്നവനായി ശ്രോത്രു കേൾക്കുന്നവനായി മന്ത്രി മനനം ചെയ്യുന്നവനായി വിജ്ഞാനം നിശ്ചയിക്കുന്നവനായി നാനാ ബുദ്ധിവൃത്തികളിലൂടെ അതാണ് നേരത്തെ പറഞ്ഞത് സന്നിഘർഷ ഇവയുടെ സംബന്ധം കൊണ്ട് ഉപലഭ്യത ഇവയോടുകൂടിയവനായി അറിവുള്ളവനായി ബുദ്ധിയുള്ളവനായി കാണുന്നവനായി കേൾക്കുന്നവനായി മനനം ചെയ്യുന്നവനായി നിശ്ചയമുള്ളവനായി അതിന് വിശേഷവത് ഉപലഭ്യത സൈവം ദസ്യപ്രവേശിച്ചു ഇതാണ് അതിന്റെ പ്രവേശം എന്ന് പറയുന്നു അല്ലാതെ സൃഷ്ടിച്ചു പ്രവേശിച്ചു എന്നുള്ള അർത്ഥം ഒന്നും ഉള്ളിലത് പ്രവേശിക്കുന്നെന്ന് പറഞ്ഞാൽ ഉള്ളിലൂടെ അതിനെ അറിയാം തസ്മതസ്യ തത് കാരണം ബ്രഹ്മ ഇത് ബ്രഹ്മജ്ഞാനി എന്നോ അജ്ഞാനി എന്നോ എല്ലാം ഭേദമുണ്ടോ ബുദ്ധിയെ പ്രകാശിപ്പിക്കുന്നത് എല്ലാവർക്കും സമാനമാണ് ബുദ്ധി പ്രകാശിക്കുന്നതും എല്ലാവരിലും ഒരുപോലെയാണ് അതുകൊണ്ട് സസ്യപ്രവേശ അതിന്റെ പ്രവേശം ഇപ്രകാരമായതുകൊണ്ട് തസ്മാത് അസ്തി കാരണം അതുകൊണ്ട് സർവത്തിനും കാരണമായി ആ ബ്രഹ്മം സ്ഥിതി ചെയ്യുന്നു അതോ അസ്തി അസ്ഥിത്യോ ഉപലബ്ധു അത് സ്ഥിതി ചെയ്യുന്നു നിലനിൽക്കുന്നു അറിയുന്നു പറയുന്നു അഹമസ്മി ഞാനുണ്ട് അത് നിഷേധിക്കാമല്ലോ അഹമസ്മി എന്ന് പറയുന്നത് എന്താണ് ബുദ്ധിയിലെ ബുദ്ധിയാകുന്ന ഉപാധിയിലൂടെ തന്റെ വാസ്തവത്തെ യാഥാർത്ഥ്യത്തെ അറിയുന്നതിനാണ് പറയുന്നത് അഹമസ്മി ഞാൻ ഉണ്ട് അതേ ബുദ്ധിയാകുന്ന ഉപാധിയിലൂടെ ബാഹ്യമായി വസ്തുക്കളെ അറിയുന്നതിനാണ് പറയുന്നത് ഇതമസ്തി പുസ്തകം അസ്ഥി ഓരോ വസ്തുക്കളെയും സംബന്ധിച്ച് അസ്ഥി അസ്ഥി എന്നറിയുന്നുണ്ട് ഉണ്ട് എന്നറിയുന്നു അതുകൊണ്ട് പറയുന്നു അസ്ഥിത്യവോപലബ്ധിയും അതുകൊണ്ട് ഉണ്ട് എന്ന് തന്നെ അതിനറിയണം എന്നല്ല ഇല്ലായെന്ന് അതിനറിയാൻ കഴിയത്തില്ല ഉണ്ട് എന്ന് തന്നെ അറിയണം അതിനു വേണ്ടിയിട്ട് പറഞ്ഞു തദേവ അതിന് പ്രാവശ്യം സൃഷ്ടിച്ചിട്ട് അതിൽ പ്രവേശിച്ചു അസ്ഥിത്വനറിയുന്നതിന് വേണ്ടിയിട്ടാണ് അതോ അസ്തിത്വ അസ്ഥിത്യവോ ഉപലബ്ധവിയും തിനറിയണം താപ്രവേശിക്കും ഇനി ബാക്കി വിശദീകരിക്കും അപ്പൊ അനുപ്രവേശം എന്താണെന്ന് പറഞ്ഞു ഉള്ളിലുള്ള പ്രകാശമാണ് അനുപ്രവേശം ഉള്ളിൽ അന്ധതയാണ് പറയാൻ കഴിയും എന്റെ ഉള്ളിൽ പ്രകാശം ഇല്ലെന്ന് പറയാൻ പറ്റും പറയുന്നത് തന്നെയാണ് ആ പ്രകാശം പറയാണ് അന്ധത എന്ന് പറഞ്ഞാൽ അന്ധത തന്നെയാണ് പ്രകാശം അന്ധതയെ പ്രകാശിപ്പിക്കുന്നു പ്രപഞ്ചത്ത് പ്രകാശിപ്പിക്കുന്നു തന്നെ പ്രകാശിപ്പിക്കുന്നു അതാണ് ഇവിടെ അനുപ്രവേശം എന്ന് പറഞ്ഞിരിക്കുന്നു പിന്നെ തത്കാര്യം അനുപ്രവിശ്യയ്ക്കും അപ്പൊ അനുപ്രവേശം അനുപ്രവേശിച്ചിട്ട് പിന്നെന്താ സച്ച അമൂർത്തം തെച്ച് അമൂർത്തം അഭവ ഇനി പറയും അത് തന്നെയാണ് സത്തും അതായത് മൂർത്തവും തെത്തും അമൂർത്തുമായിരിക്കുന്നത് അതൊന്നും വേർട്ടല്ല അതൊന്നും വേർത്ത് പിന്നെ ഒന്നുമില്ല അത് വേറെ രീതിയിൽ പറയുന്ന സൃഷ്ടികർത്താവ് തന്നെയാണ് സൃഷ്ടിയായിരിക്കുന്നത് സൃഷ്ടി കടത്താവ് വേറെ സൃഷ്ടി വേറെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭേദമായി അദ്വൈതം എന്ന് പറയുമ്പോൾ സർവഭേദ നിഷേധകൊണ്ട് പറയുന്നു എന്താണോ സച്ചൂർത്തം തെച്ച അമൂർത്തം അഭവത് മൂർത്തവും അമൂർത്തവുമായിട്ട് ശ്രുതി ഉപയോഗിച്ച വാക്കാണ് സത് തെറു ശ്രുതിൽ എങ്ങനെയാണ് വിശ്യ സഭവരുയാഗക്ഷതേ അവിടെ എല്ലാം പറയുന്നെന്താണ് ഒന്നിനെ പറയുന്നത് സത്യം അനർദം സത്യമഭവത്ത് സത്യമായും അനന്തമായും ഇരിക്കുന്ന അസത്യം തന്നെ ഇപ്പൊ സൃഷ്ടിയിൽ സൃഷ്ടിയെ നമ്മൾ അസത്യം എന്ന് പറയുന്നു അത് തന്നെ പ്രയാസിക്കും എന്താണ് അസത്യമായ സൃഷ്ടി അത് സത്യം തന്നെ എന്നുകൂടി മനസ്സിലാക്കും ഇത്രമാത്രം മനസ്സിലാക്കരുത് സൃഷ്ടി അസത്യമാണ് സൃഷ്ടി മിഥ്യയാണ് അത് പറയുന്നത് ശരിയാണ് സൃഷ്ടി മിഥ്യയാണെന്ന് പറയുന്നത് ശരിയാണ് പക്ഷെ എന്താണ് ആ മിഥ്യയായ സൃഷ്ടി അതാ സത്യം തന്നെ എന്നുകൂടി മനസ്സിലാക്കുന്നു മിഥ്യ എങ്ങനെ സത്യമാകും ഇവിടെ മിഥ്യ എന്ന് പറയുന്നതിന് സത്യമേ ഉള്ളു വേറെ ഒന്നുമില്ല അതുകൊണ്ട് സത്യത്തെ തന്നെയാണ് മിഥ്യെന്ന് പറയുന്നത് കയറിന് തന്നെയാണ് പാമ്പെന്ന് പറയുന്നത് രണ്ടാമതൊന്നുമില്ല അത് ഈ ബുദ്ധിയിൽ ദുഷ്ടാവായും ശ്രോതാവായും മന്ദാവായും വിജ്ഞാതാവായും അനുഭവപ്പെടുന്നു അന്തർഗുഹയിൽ അങ്ങനെ നമുക്ക് അനുഭവപ്പെടുന്നുള്ളൂ ദുഷ്ടാവായും ശ്രോതാവായും അല്ലാതെ ഈ തത്വത്തെ അറിയാൻ കഴിയുന്നില്ല അതുകൊണ്ട് പറഞ്ഞെന്താണ് സച്ച മൂർത്തം തെച്ച അമൂർത്തം അഭവത് അത് എന്നൂർത്തവും അമൂർത്തവുമായി തീർന്നു മൂർത്താമൂർത്തേ ഹി അഭ്യാകൃതൻ നാമരൂപേ ആത്മസ്ഥേ മൂർത്താമൂർത്തം എന്ന് പറയുന്നത് എന്താണ് പറയുന്നു അവ്യാകൃതൻ നാമരൂപേ അവ്യാകൃതങ്ങളായ നാമരൂപങ്ങൾ അവ്യാകൃത നാമരൂപം എന്ന് പറഞ്ഞാൽ ഇതിപ്പോ വ്യാകൃതൻ നാമരൂപമാണ് ഈ ജാഗ്ര സ്വപ്നം വ്യാകൃതൻ നാമരൂപമാണ് അവ്യാകൃത നാമരൂപം എന്ന് പറഞ്ഞാൽ സുശക്തി സുശക്തി പോലെ അവിടെ എന്താ നാമരൂപങ്ങളൊന്നുമില്ല അതാണ് അവ്യാകൃത നാമരൂപം അവിടെ സർവവും ആത്മസ്വരൂപം തന്നെയായിരുന്നു ദ്വിതീയും രണ്ടാമത് അവിടെ ഒന്നുമില്ല സ്വപ്നത്തിന് ജാഗ്രതത്തിൽ വന്നാലോ അവിടെ നാമരൂപങ്ങൾ പ്രകടമാകുന്നു അപ്പോൾ ഒരിക്കൽ സുഷുപ്തനായി ഉറങ്ങി പിന്നീട് വേറൊരിക്കൽ ഉണർന്ന് കാലഭേദമനുസരിച്ച് ദേശഭേദമനുസരിച്ച് പിന്നെ ഒരിക്കൽ ജാഗ്രതത്തിലേക്ക് വന്നു ഒരിക്കൽ സ്വപ്നം കണ്ട് അങ്ങനെ കാലഭേദത്തോടും ദേശഭേദത്തോടും കൂടിയുള്ള മാറ്റമാണ് ഇവിടെ പരമാർത്ഥത്തിൽ കാലദേശ ഭേദങ്ങൾ കൊണ്ടൊരു മാറ്റവും വരുന്നില്ല നമുക്ക് പറയാൻ കഴിയത്തില്ല ഞാൻ ഉറങ്ങിയപ്പോഴും ഉണർന്നിരുന്നു എന്ന് പറയാൻ വേണ്ടി ഉറങ്ങിയപ്പോ ഉറക്കം തന്നെയായിരുന്നു ഉടർന്നപ്പോ ഉണർ ഉണവ് ഇവിടെ അങ്ങനെയാണ് ഇവിടെ ഉറങ്ങിയപ്പോഴും ഉണർന്നിരിക്കുകയാണ് ഉണർന്നപ്പോഴും ഉറങ്ങിയിരിക്കുകയാണ് എന്ന് വെച്ചാൽ വ്യാകൃതവും അവ്യാകൃതവുമായത് ഒന്ന് തന്നെ അത് വ്യാകൃതമായാലും ഒന്ന് തന്നെ അവ്യാകൃതമായാലും ഒന്ന് തന്നെ ഉറങ്ങിയാലത് ഒന്ന് തന്നെ ഉണർന്നാലതൊന്ന് തന്നെ അതിന് മാറ്റം വരുന്നുണ്ട് സച്ഛമൂർത്തം തെച്ചൂർത്തം അഭവത് അടുത്ത് പറയും എന്താണോ ഇതെല്ലാം ഈ നാമരൂപാത്മകമായ സർവെ ഈ പ്രപഞ്ചം ബ്രഹ്മം തന്നെ പ്രപഞ്ചത്തെ പ്രപഞ്ചമായി കാണാതിരുന്ന ബ്രഹ്മം തന്നെ പ്രപഞ്ചത്തിനും ബ്രഹ്മത്തിനൊന്നും വേറിട്ടൊരു നിലനിൽപ്പില്ല അതുകൊണ്ട് പ്രപഞ്ചം ബ്രഹ്മം തന്നെ അതിന്റെ മിഥ്യ എന്ന് പറയുന്നതോ അതിന്റെ താല്പര്യം അത് തന്നെ മിഥ്യയുടെ ആത്യന്തികമായ താല്പര്യം എന്താണ് സത്യം തന്നെ സത്യം പ്രപഞ്ചം മിഥ്യ എന്ന് പറഞ്ഞാൽ പ്രപഞ്ച സത്യം ഒന്നാണോ അതെ അത് തന്നെ എന്റെ അർത്ഥം പ്രപഞ്ചം മിഥ്യ എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്താണ് പ്രപഞ്ച സത്യം തന്നെ മിഥ്യ എന്ന് പറഞ്ഞാൽ സത്യമാകും പ്രപഞ്ചം മിഥ്യ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം അത് ആ പരബ്രഹ്മസ്വരൂപം തന്നെ അതാണ് സത്യം എന്ന് പറയുന്നത് പരബ്രഹ്മത്തേനാണ് സത്യം എന്ന് പറയുന്നത് അത് പറയുന്നു സത്യമൂർത്തം തെച്ചാമൂർത്തം അത് തന്നെ മൂർത്താമൂർത്തങ്ങളായി അത് വിശകലനം ചെയ്ത് പറയാണ് സംശയം വരാതിരിക്കാൻ ഇതിന്റെ സ്ഥൂല സൂക്ഷ്മ ഭാവങ്ങൾ എന്ന എടുത്തു കാണിച്ച് പറയുക മൂർത്താമൂർത്ത ഹ്യാവർത്തൻ നാമരൂപ ഈ മൂർത്താമൂർത്തങ്ങൾ അമ്പ്യാകൃത നാമരൂപങ്ങളാണ് അതങ്ങനെയിരുന്നു സുപ്തനെ പോലെ ഇത്രേ വ്യത്യാസമുള്ള സുഷുതന് അപ്പോൾ ഉണരാൻ പറ്റുന്നില്ല സുഷുതനായിരിക്കും ഇവിടെ ആത്മാവ് അങ്ങനെയല്ല സർവത്തെയും കണ്ടുകൊണ്ട് സുപ്തനായിരിക്കും സർവസാക്ഷി എന്ന് പറയും സർവത്തെയും അറിഞ്ഞുകൊണ്ട് നമുക്ക് ഉറങ്ങി കിടക്കാൻ പറ്റത്തില്ല അറിയുമ്പോൾ ഉറക്കം പോയി വ്യാഘ്രത്തിലോ സ്വപ്നത്തിലോ ഒന്നും അറുപത് നശിക്കുമ്പോൾ സ്വപ്ന മനുഷ്യ ഇവിടെ അങ്ങനെയല്ല അവൻ സർവത്തെയും അറിഞ്ഞുകൊണ്ടും ഒന്നിനെ അറിയാതെയിരിക്കുന്നു അതോ അസ്തി അസ്ഥിത്വലിയും തത് അസ്തിത്വസ്വരൂപമാണ് അസ്തിത്വം അറിയുന്നുണ്ടല്ലോ ഓരോന്നും ഇത് അസ്ഥി അസ്ഥി കൊണ്ട് കൊണ്ടുവന്നറിയുന്നു ആ ഉണ്മ തന്നെയാണ് അവന്റെ സ്വരൂപം അതുകൊണ്ട് എന്ത് ചെയ്തു അവൻ തന്നെ സച്ച മൂർത്തം തെച്ച മൂർത്തം ഭവൻ സർവസത്വമായി അനുഭവപ്പെടുന്നത് അവൻ തന്നെയാണ് മൂർത്താമൂർത്തമായിരുന്നു അവൻ തന്നെയാണ് അപ്പൊ സൃഷ്ടിയും സൃഷ്ടി വർത്താവും തമ്മിലുള്ള ബന്ധം അത്രയോ മൂർത്താമൂർത്ത വ്യാകൃതൻ നാമരൂപയാത്മസ്ഥേ അന്തർഗതേ നാത്മനാ വ്യാക്രിയതേ അത് നാമരൂപങ്ങളെ പ്രാപിക്കുന്ന അതാണ് വ്യാകരണം ഇതെങ്ങനെ സംഭവിക്കും എന്ന് ചോദിച്ചാൽ ഉറക്കത്തിൽ നിന്നെങ്ങനെ ഉണരുന്നു എന്ന് ചോദിക്കുന്നവരെയാണ് ഉറക്കത്തിൽ നിന്നെങ്ങനെ ഉണരുന്നു ഉറക്കത്തെക്കുറിച്ച് പഠിച്ചിട്ടുള്ളവരെന്ന് കാരണങ്ങൾ പറയും ഇന്ന ഇന്ന കാരണങ്ങൾ കൊണ്ടുണ്ടായിരുന്നു എന്ന് വെച്ചാൽ ഇന്ന ഇന്ന കാരണങ്ങൾ കൊണ്ട് സൃഷ്ടി ഉണ്ടായിന്ന് പറയുന്നു ഉണർന്ന ഒരു സൃഷ്ടിയാണ് അതുപോലെ ഉറക്കത്തിൽ നിന്ന് ഉണർന്നതുപോലെ സൃഷ്ടി മാമരപങ്ങളുടെ പ്രകടഭാവം അതാണ് വ്യാക്രിയെ നാമരൂപങ്ങൾ അല്ല വ്യാകരണം പ്രകാശഭാവം അന്തർഗതേന ആത്മന സർവാന്തരീയാമിയായിരിക്കുന്ന ആത്മാവിലൂടെ സാധിക്കുന്നു ആത്മാവ് സർവാന്തീയായി ഇരിക്കുന്ന ആത്മാവ് നാമരൂപാത്മകമായി എങ്ങനെ മാറും അവരിന്ന് മാറുക എന്ന് പറഞ്ഞാൽ വേറൊന്നും സംഭവിക്കുന്നില്ല അത് തന്നെയാണ് അതാണ് അന്തർഗതനാത്മന വ്യാക്രിയെ വ്യാകൃത്തെ മൂർത്താമൂർത്ത ശബ്ദവാച്ചി മൂർത്തം അമൂർത്തം എന്ന ശബ്ദങ്ങളെ കൊണ്ടു പറയുന്ന ഈ പ്രപഞ്ചം നാമരൂപം അത് പ്രകടമാകുന്നു അതുകൊണ്ടവിടെ രണ്ടാകുന്നില്ല അത് തന്നെ പ്രകടമാകുന്നു തേ ആത്മനാഥു അപ്രവിഭക്ത ദേശകാലേ ശരി അസ്തിത്വത്തിൽ നിന്ന് മാറ്റി നാമരൂപത്തെടുത്ത് കാട്ടാൻ കഴിയും ആർക്ക് ഇത് ഇതിന്റെ അസ്തിത്വം ഇത് ഈ വസ്തു അങ്ങനെ കാണാൻ കഴിയുന്നില്ല എവിടെയാണോ നാമരൂപങ്ങൾ പ്രകാശിക്കുന്ന അവിടെയുള്ള അസ്തിത്വമുണ്ട് അതിനോട് അഭിന്നമായി ഒരിക്കലും ഒരിക്കലും ആർക്കും വേർതിരിക്കാൻ വയ്യാത്ത രീതി എത്ര സമർത്ഥന ശല്പിക്കും അത് വേർതിരിക്കാൻ ഇത് ഇതിന്റെ അസ്തിത്വം വസ്തു അങ്ങനെ പറയാൻ കഴിയില്ല അഭേദമായി എന്ന് പറയുന്നത് ആ പരമാത്മതത്വം തന്നെ ആ തത്വം പ്രകാശിക്കുന്നു എങ്ങനെ പ്രകാശിക്കുന്നു അസ്തിത്വ രൂപത്തിൽ പ്രകാശിക്കുന്നു അതാണ് പറഞ്ഞത് അന്തർഗതാത്മന ബാക്രി അത് നമ്മളെവിടുത്ത് പറഞ്ഞ വിച്ഛൂന ഭാവത്തെ പ്രാപിക്കുന്നു ഒരു വിങ്കലിനെ പ്രാപിക്കുന്നു അത് പ്രകാശിക്കുന്നു എന്നെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട് അത് എന്നെ പറയും വേറൊരു വേറൊരു ഭാഷയിൽ പറയും അന്തർഗതമാണ് ഏത നിഷ്ഠമാണോ ആത്മനിഷ്ഠമാണ് ആത്മനിഷ്ഠമായിരിക്കുന്നതിൽ ഈ നാമരൂപങ്ങൾ പ്രകാശിക്കുന്നു വ്യാകൃതയുടെ മൂർത്താമൂർത്ത ശബ്ദവാച്ചി അതങ്ങനെ പ്രകാശിക്കുമ്പോൾ അതിന് പറയുന്നത് മൂർത്തമാണിത് അമൂർത്തമാണോ പക്ഷേ ആത്മനാഭ അപ്രവിഭക്ത പക്ഷേ അതിന് കാലം കൊണ്ടോ ദേശം കൊണ്ടോ എന്ന് വേർതിരിക്കാൻ വയ്യ എന്ന് പറഞ്ഞാൽ ി ഉണർന്നു സ്വപ്നം കണ്ടു നമുക്ക് പറയാൻ കഴിയുമോ എന്താണ് ഞാനല്ല ഉറങ്ങിയത് ഞാനല്ല ഉണർന്നത് ഞാനല്ല സ്വപ്നം കണ്ടത് പറയാൻ കഴിയത്തില്ല ദേശകാലങ്ങൾ കൊണ്ട് സാധന സംഭവിക്കുന്ന ഭേദം ഇവിടെ സംഭവിക്കുന്നില്ല സൃഷ്ടിയിലും സൃഷ്ടികൾക്ക് അവരുണ്ടെന്ന് ആത്മനാഭ അപ്രംഭക്ത ദേശത്താലേ തന്നെ നിന്നും വേറിട്ടൊരു ദേശം വേറിട്ടൊരു കാലവുമില്ല ആകാശത്തിന് ആകാശത്ത് നിന്ന് വേറിട്ടൊരു ദേശം ആകാശത്തിന് ആകാശമില്ലാത്ത കാലമില്ല എന്ന് ആപേക്ഷികമായി പറയാം അതുപോലെ അന്തർഗതി വ്യാകൃതിച്ച മൂർത്താമൂർത്ത ശബ്ദവാച്ചി അതങ്ങനെ പ്രകടമാകുമ്പോൾ സുഷുതിയിൽ നിന്ന് ജാഗ്രത സ്വപ്നവും പ്രകടമാകുമ്പോൾ അതിന് നമ്മൾ പല പേരുകളും അതുവരെയോ എന്നൊരു വിശേഷം അവിടെ വിളിക്കാൻ സാധ്യമല്ല പിന്നെ ഇതെന്നാ ഇവിടെ നിന്ന് പറഞ്ഞു അന്തർഗതന്നെ അത് അന്തർഗതമായിരിക്കുന്നു അതിൻ്റെ സ്വരൂപമായി തന്നെ ഇരിക്കുന്നു അഭവ അതിൽ നിന്നത് പ്രകടമാകുന്നു ആ സ്വരൂപത്തിൽ സ്വപ്നം പ്രകടമാകുന്നതുപോലെ ജാഗ്രത് പ്രകടമാകുന്നതുപോലെ അത് പ്രകടമാകുന്നു അവിടെ നിന്ന് ദേശകാലങ്ങളെ വേറെ തിരിക്കാൻ പോയാ അത് തന്നെ ദേശകാല യുഗത്തിൽ പ്രകടമാകുന്നു ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് ആത്മാ അഭവത് ഇവിടെ നിരുത അനിരുതഞ്ച നിലയനഞ്ച അനിലയനഞ്ച വിജ്ഞാനം ച അവിജ്ഞാനം ച സത്യം ജനർദിച്ച സത്യം അബോധ പരമാത്മാവ് അങ്ങനെയെല്ലാം ആയി തീർന്നു മാറി യഥിതം ഇവിടെ കാണുന്ന ഈ സർവവും ആ പരമാത്മാവ് തന്നെ ഇങ്ങനെ ആയി തീർന്നതാണ് ഓ ഇതെല്ലാം അസത്യം എന്ന് പറഞ്ഞാൽ തന്റെ തട്ടിയും ഇതെല്ലാം സത്യം തന്നെ രണ്ടും പറയാം ഇതെല്ലാം അസത്യം തന്നെ പറയാം ഇതെല്ലാം അസത്യം എന്നും പറയാം അതിനെല്ലാം ബാച്യാർത്ഥമാകും ബാച്യാർത്ഥത്തെ എടുത്തു കഴിഞ്ഞാൽ അതൊക്കെ യുക്തം തന്നെ അതാണ് സത്യം ജാനുദഞ്ച സത്യം അഭവീതം കിഞ്ച ഈ കാണുന്ന സർവതാണ് വനുപ്രവിശദി എന്ന് പറയുന്നതിനേ അർത്ഥമെടുത്താൽ മതി ആത്മനാത് അപ്രവിഭക്ത ദേശകാലി തൃത്വ ആത്മന ആത്മാഭോ അതെല്ലാം ആത്മാവ് തന്നെ അല്ലെങ്കിൽ ആത്മാവിൽ നിന്ന് ഈ ദേശകാലങ്ങളെ വെറുതിരിക്കട്ടെ അതാര്ക്ക് സാധ്യമല്ലല്ലോ അപ്പൊ ദേശകാലങ്ങൾ ഉൾപ്പെടെയുള്ള ഈ സൃഷ്ടി സമ്പൂർണവും ആത്മാവ് തന്നെ മാറിയതാണ് റി അതാണ് നിരുഷ്യ സമാന അസമാന ജാതീയെ സമാന ജാതികളിൽ നിന്നും അസമാന ജാതികളിൽ നിന്നും വേർതിരിച്ചിട്ട് ഇതം തദ്ദേശകാല വിശേഷത്തോടുകൂടി ഇതിന്നതാണോ എന്ന് പറയുന്നത് നിരുക്തം അനിരുക്തം വിപരീതം നിരുക്ത അതിനു നേരെ വിപരീതമായിട്ടുള്ള അനിരുക്തം ഇവിടെ ദേശ താരങ്ങളെ കൊണ്ടുവന്നും വരുത്തിരിക്കാൻ കഴിയാത്തതാണ് മൂർത്താമൂർത്തിവ വിശേഷൻ ഇത് മൂർത്താമൂർത്തങ്ങളെ കുറിച്ച് പറയുകയാണ് എന്നുവെച്ചാൽ മൂർത്താമൂർത്തങ്ങളെ തന്നെ പറയുന്നു അത് നിരുക്തവും സമാന ജാതിയങ്ങളിൽ നിന്ന് ദേശകാല വിശിഷ്ടമായി ഇത് എന്നറിയുന്നു തദ്വിപരീതം വന്നിരിക്കും അങ്ങനെ അറിയാൻ കഴിയാത്തത് എന്നുവെച്ചാൽ മൂർത്താമൂർത്തു പറയുന്നു നിര നിരുത്തം എന്ന് പറയുന്ന പരമാർത്ഥത്തിൽ ഒന്ന് തന്നെ ചെറിയ വ്യത്യാസമേ ഉള്ളൂ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ജാഗ്രസ്വപ്ന പ്രപഞ്ചത്തെയാണ് പരമകാരണമായിരിക്കുന്നവനാണ് പരമാത്മാവാണ് അഭിമൂർത്തമൂർത്തേയോരവ വിശേഷയത സച്ച തേ തലയനം നിലയനം നിഗഡമാശ്രയോ മൂർത്ത അനിലയനം തദ്രീതം അമൂർത്തധർമ്മ ഇതെല്ലാം ഒന്നിനെ വിശേഷിപ്പിക്കുകയാണ് പ്രപഞ്ചത്തെ അത് പലതരത്തിലും പറയാം മൂർത്തമെന്നോ അമൂർത്തമെന്നോ നിലയനമെന്നോ മൂർത്തധർമ്മം ആശ്രയം തദ്വിപരീതം അമൂർത്തസ പ്രത്യേക രൂപത്തിൽ ഇവിടെ ഉള്ളതിനെല്ലാം നിലയനമെന്ന് പറയാം പ്രത്യേക രൂപഭാവങ്ങളൊന്നുമില്ലാത്തതിനെ അനിലയനമെന്ന് പറയാം സൃഷ്ടിയിൽ വരുന്ന സൃഷ്ടികളെല്ലാം നിലയനും മേസ പസേര വാച്ച് എല്ലാം നിലയനം പ്രത്യേക ആകൃതി വിശേഷങ്ങളോടുകൂടി സൃഷ്ടിയിൽ തന്നെ സൃഷ്ടിക്കപ്പെട്ടത് അനിലയനം അങ്ങനെ ആകാത്തതല്ല അനിലയനം അനുഭവത്തിന് വിഷയമാകുന്ന വസ്തുക്കളെ കുറിച്ച് പറയുകയാണ് അതിരിക്ത അനിലയന അനി അമൂർത്ത ധർമ്മദ്വേവി വ്യാകൃത വിഷയണ്യവ മൂർത്തമായാലോ അമൂർത്തമായാലോ അത് വ്യാകൃതമാണ് നേരത്തെ പറഞ്ഞാലും ആത്മസ്ഥമായിരുന്നത് പ്രകടമായതാണ് മൂർത്താമൂർത്തങ്ങൾ ഇതെല്ലാം പറയുന്ന എന്താണ് സർവോത്തരകാല ഭാവശ്രമ സൃഷ്ടിക്ക് ശേഷമുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് അപ്പൊ സർവത്തെയും ഗ്രഹിക്കുക അതിനെന്ത് പേര് പറഞ്ഞാലും ശരി നിലയനു വന്നു അനിലയനു വന്നോ നിരിക്തം വന്നോ അനിരുക്തം വന്നോ എന്ത് പേര് പറഞ്ഞാലും എന്താണ് അതിനെല്ലാം ആ പരമാത്മാവെ ഗ്രഹിക്കുക ആ പരമാത്മാവിനെയോ സ്വസ്വരൂപമായി ഗ്രഹിക്കുക അതിനു വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത് എന്താണ് സർവോത്തരകാല ഭാവശ്രമ സൃഷ്ടിക്ക് ശേഷമുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് കൂടെ പറയുന്നത് അതപ്പോൾ ആ രീതിയിൽ എടുത്താൽ മതി പക്ഷെ അതിന് സൃഷ്ടിയായി ഗ്രഹിക്കരുത് പരമാത്മാവായി ഗ്രഹിക്കണം തെതിരിതം പ്രാണാദികളെ കുറിച്ച് പറയുന്നു അതിനെ തന്നെ അന്നിലയനം എന്ന് പറഞ്ഞു അതോ വിശേഷനായ അമൂർത്ത വ്യാകൃത വിഷയ അപ്പൊ അമൂർത്തമായ വസ്തുക്കളെ ഇങ്ങനെ പല രീതിയിലും വിശേഷിപ്പിക്കുന്നു പക്ഷേ ഇതെല്ലാം വ്യാകൃത വിഷയങ്ങളെക്കുറിച്ചാണ് സൃഷ്ടിയെക്കുറിച്ചാണ് വ്യാകൃത വിഷയം ഒന്നുമില്ല സൃഷ്ടി വിജ്ഞാനം അവിജ്ഞാനം തദ്ദേശിതം അചേതനം വിജ്ഞാനം അവിജ്ഞാനം മന്ത്രത്തിൽ പറയുന്നു വിജ്ഞാനം എന്താണ് ഈ കാണുന്ന ചേതനമായ സർവതും ഇവിടെ കാണുന്നല്ലോ കല്ലും മണ്ണുമെല്ലാം അചേതനം പാഷാണാദി സത്യംച വ്യവഹാര വിഷയം അധികാര സത്യം ഇവിടെ സത്യം എന്ന് പറഞ്ഞാൽ പരമാത്മാവെന്ന് എടുക്കരുത് ഈ ലോകത്തിലുള്ള സത്യം എന്നാ പരമാർത്ഥ സത്യം ഏകമേവ ഹി പര ഇവിടെ പരമാർത്ഥ സത്യം അല്ല എന്തുകൊണ്ട് ഏകമേവ ഹി പരമാർത്ഥ സത്യം ബ്രഹ്മ പരമാർത്ഥ സത്യമായിട്ട് ഒന്നേ ഉള്ളൂ ബ്രഹ്മം മാത്രം ബാക്കി ഇവിടെ ഉള്ളതെല്ലാം എന്താണോ അപരമാർത്ഥമായും പരമാർത്ഥമായും അതുകൊണ്ട് അതിൽ നിന്നും എടുക്കണ്ട ആപേക്ഷികം സത്യം മൃഗതൃഷ്ണ തൃഷ്ണികാദി അനടദ അപേക്ഷയാ ഉദഗാദി സത്യം ഇവിടെ സത്യവും അനുദെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പഷ്ടമാണ് രജ്ജു സത്യം സർപ്പം അസത്യം മരുഭൂമി സത്യം മൃഗതൃഷ്ണിക സത്യം അങ്ങനെ അപേക്ഷികമായ സത്യാസത്യങ്ങളെടുക്കണം അതുകൊണ്ട് പ്രപഞ്ചത്തെക്കുറിച്ച് പറയും അനുദഞ്ചത വിപരീതം കിംബുനരേതസർവം അഭവത് പരമാർത്ഥ സത്യം ഇതെല്ലാമായി തെരുന്നെന്താണ് ചോദിക്കുന്നു നാമരൂപാത്മകമായി ഈ ജീവന്റെ മുമ്പിൽ ഇങ്ങനെ മാറി നിൽക്കുന്ന ഇതെല്ലാം എന്താണ് പരമാർത്ഥസത്യം അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് മിത്യം എന്ന് പറഞ്ഞാലും അതിൻ്റെ അടുത്ത സത്യം ഒന്നാണ് ആ പരമാർത്ഥ സത്യം തന്നെയാണ് കിംബുന എന്താണ് അത് തന്നെയാണ് ബ്രഹ്മം എന്ന് പറയുന്ന ഈ മുമ്പിക്കാണെന്ന് തന്നെയാണ് ബ്രഹ്മം അല്ല ദൂരെയുള്ളതല്ല മുമ്പിക്കാണെന്ന് തന്നെയാണ് ബ്രഹ്മം പുലരേത് സർവം അഭവത് പരമാർത്ഥ സത്യം കിം പുനഃ ബ്രഹ്മ സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മേതി പ്രവൃതത്വ കാരണം ഇവിടെ ചർച്ച ചെയ്യുന്നത് സത്യം ജ്ഞാനം അനന്തരൂപത്തിലുള്ള ആ ബ്രഹ്മത്തെക്കുറിച്ചും ആ ബ്രഹ്മം തന്നെയാണ് സർവാത്മവുമായി നിൽക്കുന്നത് ആ ബ്രഹ്മം തന്നെയാണ് നാമരൂപാത്മകമായി നിൽക്കുന്നത് പറയും ആ നാമരൂപങ്ങളെല്ലാം എന്താണ് അതിനോട് അനന്യമായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതില്ലെങ്കിൽ ഇതൊന്നുമില്ല അതുണ്ടെങ്കിൽ ഇതെല്ലാം ഉണ്ട് അതുകൊണ്ട് ഇതെല്ലാം അതുതന്നെ ഈ കാണുന്ന നാമരൂപങ്ങൾക്ക് നിലനിൽക്കണമെങ്കിൽ അതിൻ്റെ ആധാരമായ ബ്രഹ്മം വേണം അതില്ല എന്ന് സങ്കല്പിച്ച സങ്കല്പിക്കാൻ കൂടി സാധ്യമല്ല തന്റെ അസ്തിത്വത്തിൻ്റെ നാശത്തെ സങ്കല്പിക്കാൻ കൂടി സാധ്യമല്ല അങ്ങനെ വന്നാൽ എന്താണതും ആ ബ്രഹ്മം തന്നെ സങ്കല്പത്തിലൂടെ ഒരാൾക്ക് ശൂന്യവാദവും മറ്റും പറയുന്നുണ്ട് പിന്നെ സങ്കല്പത്തിലൂടെ ഒരാൾക്ക് എത്തിച്ചേരാൻ കഴിയുന്നു ഇതിന്റെ തന്നെ ശൂന്യതയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ഇത് തന്നെയാണ് അങ്ങനെ സർവവിശിഷ്ടം വികാരജാതം ഏകമേവ സത് ശബ്ദവാച്ഛനെ തന്നെയാണ് സത്വം എന്ന് പറയുന്നത് ബ്രഹ്മ അഭവത് ബ്രഹ്മം അതെല്ലാം ആയിത്തൊടുന്നു ഇവിടെ പറഞ്ഞല്ലോ മൂർത്തഞ്ച മൂർത്തഞ്ച ഇതെല്ലാം ആയിത്തൊന്ന് ബ്രഹ്മം തന്നെയാണ് എന്തുകൊണ്ട് വിതിരേഖ ഭാവാ ആ ബ്രഹ്മത്തിൻ്റെ സാന്നിധ്യത്തിലല്ലാതെ ഇതില്ല സുഷുതന്റെ സാന്നിധ്യത്തിലാണ് ജാഗ്രത സ്വപ്നങ്ങൾ എന്തുകൊണ്ടാ സുഷുതൻ ജാഗ്രത സ്വപ്നങ്ങളിലുണ്ട് അവന്റെ സാന്നിധ്യത്തിൽ ജാഗ്രതവപ്ന ദർശനം അവനില്ലെങ്കിലോ സങ്കൽപ്പിച്ചു നോക്കാം സങ്കല്പിക്കാൻ സാധ്യമല്ല എന്നാലും സങ്കല്പിക്കുക അവനില്ലെങ്കിലോ അസത് നാമരൂപ വികാരസ്യ ഇവിടെ ഇല്ല അപ്പൊ സത്യവും മിഥ്യവും പറയുന്നതിന്റെ ബന്ധം കൂടെ വ്യക്തമായും മനസ്സിലാണ് പ്രപഞ്ചം മിഥ്യയാണോ അസത്യമാണെന്ന് പറഞ്ഞാൽ അതിന്റെ താല്പര്യം ഇതാണ് ആ പ്രപഞ്ചത്തിന് ഇതിൽ നിന്നും വേറിട്ടൊരു നിലയില്ല അല്ല പ്രപഞ്ചമെന്ന് പറയുന്നവർ പ്രത്യേക വസ്തുവിനെടുത്തിട്ട് ഇത് അസത്യം എന്ന് കാണിച്ചു വരികയാണ് രജ്ജുവിൽ നിന്ന് സർപ്പത്തിനെടുത്തു മാറ്റിയിട്ട ഇത് വാസ്തു സർപ്പവല്ല രജ്ജുവിൽ കണ്ട സർപ്പമാണെന്ന് പറയാൻ ആർക്കും കഴിയത്തില്ല അതുപോലെ ഭാവാൻ നാമരൂപ വികാരസ്യ വിജയകമായി നാമരൂപ നിലനിൽക്കുന്നില്ല വേറിട്ട് നാമരൂപ നിലനിൽക്കുന്നില്ല അതാ പരമാർത്ഥമായ സത്യം തന്നെ തസ്മാസത്യം ഇത്തി ആരക്ഷത ബ്രഹ്മിത് അതുകൊണ്ട് ബ്രഹ്മത്തെ സത്യം എന്ന് പറയുന്നു സത്യം ഞാനും അനന്തം ബ്രഹ്മ എന്ന് പറഞ്ഞു എന്തുകൊണ്ട് മിഥിയും അസത്യം തന്നെ അതുകൊണ്ട് ബ്രഹ്മവിധ ബ്രഹ്മവിത്തുക്കൾ ഈ തത്വത്തെ അറിയുന്നവരങ്ങനെ പറയുന്നു സർവവും അസത്യം തന്നെ അതിന്റെ ഒരു ഭാഗത്തെ എടുത്തിട്ടാണ് നമ്മൾ പറയുന്നത് പ്രപഞ്ചം മിഥ്യാണ് ഒരു ഭാഗം മാത്രം പൂർണ്ണഗതയിലാണെങ്കിലോ പ്രപഞ്ചം മിഥ്യയുമാണ് പ്രപഞ്ച സത്യവുമാണ് പറയുന്നു തെറ്റ സത്യം നിരീക്ത അനിരീക്ത നിലയനഞ്ച അനലയനഞ്ച് ഇപ്പോൾ സത്യുമോ അസത്യുമാർമ്മ സത്യമ ആഗ്തി സത്യമുണ്ട് സത്യമ സത്യം ഇയാഗക്ഷതി ക്ഷത അതിന്റെ അർത്ഥമാണ് ആഹെന്ന് വെച്ചാൽ ആ ചക്ഷത പറയുന്നു ബ്രഹ്മവിധ അപ്പൊ പ്രപഞ്ചമിഥ്യാത്വം ബ്രഹ്മസത്യത്വം എന്ന് പറയുന്നത് ആത്യന്തികമായിട്ട് ഒന്ന് തന്നെ അതാണ് ഇവിടെ ബോധിച്ചിരിക്കുന്നത് രണ്ട് കാര്യങ്ങളല്ല അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ പറഞ്ഞു ശങ്കരാചാര്യ പറഞ്ഞു പ്രപഞ്ചം മിഥ്യയാണ് വേറെ ആ കാര്യം പറഞ്ഞു പ്രപഞ്ച സത്യമാണ് അങ്ങനെയാണ് സംഗ്രഹനെ തന്നെ പറഞ്ഞിരിക്കുന്നു ഇത് സത്യമാണ് കാരണം സത്യം ഞാനും അനന്തമാനെ കുറിച്ചാണ് പറയുന്നത് പിന്നെന്താ മിഥ്യ എന്ന് പറഞ്ഞതിന്റെ താല്പര്യം അങ്ങനെയാണ് സത്യം എന്ന് പറഞ്ഞാൽ മതിയല്ലോ അതാണ് പറഞ്ഞത് വ്യതിരേഖണഭവ നാമരൂപ വികാര മാമരൂപ വികാരങ്ങൾക്ക് സുഷുപ്ത വിട്ടിട്ട് ജാഗ്രത സ്വപ്നങ്ങൾക്ക് നിലയില്ല എന്ന് പറഞ്ഞാൽ എന്റെ അടുത്ത് സുഷ്ടയിൽ ജാഗ്രത സ്വപ്നം ഉണ്ടെന്നല്ല ആ സുഷുപ്തൻ തന്നെയാണ് ജാഗ്രത സ്വപ്നത്തിൽ ഇരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ആ ബ്രഹ്മസ്വരൂപത്തിൽ ഈ പ്രപഞ്ചമുണ്ടെന്നല്ല അതല്ല പറയുന്നത് സുഷ്തിയിൽ പ്രപഞ്ചമുണ്ടെന്നല്ല പക്ഷേ സുഷുത്വം തന്നെ ജാഗ്രത സ്വപ്നത്തിൽ അങ്ങനെയാണെങ്കിൽ സുഹൃത്തനെ വിട്ടിട്ട് എങ്ങനെ ജാഗ്രതത്തിന് സ്വപ്നത്തിന് നിൽക്കാൻ കഴിയും അതുപോലെ ഈ ബ്രഹ്മത്തെ വിട്ടിട്ട് ഇതിന് നിൽക്കാൻ വയ്യ നാമരൂപങ്ങൾക്ക് നിൽക്കാൻ വയ്യ തസ്മാൻ ബ്രഹ്മം സത്യം അതുകൊണ്ടാണ് ബ്രഹ്മത്തെ സത്യം എന്ന് പറയുന്നു ഈ നാമരൂപങ്ങളെല്ലാം സത്യമാണെങ്കിലും നമ്മൾ പറയുന്നു ബ്രഹ്മൻ സത്യം അതിന്റെ യുക്തിയാണു ക പറഞ്ഞത് അതിലൊരു യുക്തിയുണ്ട് ബ്രഹ്മസത്യം ജഗത്മിഥ്യം പറയുന്നു പക്ഷേ എന്റെ തത്വം അത് മനസ്സിലാക്കിയില്ലെങ്കിൽ ആ വ്യക്തി പിടികിട്ടത്തില്ല അസ്ഥി നാസ്തിയ അനുപ്രസ് പ്രകൃത തസ്യ പ്രതിവചന വിഷയം ഏതും ആത്മാ കാമയത് ും മുമ്പ് ചോദിച്ചാണ് ഒരു ചോദ്യം അസ്ഥി നാസ്തി എന്നുള്ളത് അതിനെ തുടർന്ന് അതിൻ്റെ സമാധാനമായിട്ടാണ് ഈ പറഞ്ഞ എന്താണ് ആത്മ കാമയൊക്കെ ദഹസ്യം അത് ആഗ്രഹിച്ചു പലതായി തീരട്ടെ അപ്പോൾ എന്താ കാമന എങ്ങനെയാണ് പലതായി തീർന്നത് അതാണ് വിശദീകരിച്ചത് സ യഥാകാമം ആകാശാധികാര്യം സത്യാതിരക്ഷണം സൃഷ്ട്രവിശ്യ പശ്യൻ ചിന്വൻ മന്വാനോ വിജാനൻ ബഹ്വഭവൻ അവൻ അവന്റെ കാമനയ്ക്കനുസരിച്ച് അവന്റെ സങ്കല്പത്തിനനുസരിച്ച് ആകാശാധികാരി സത്യതാതിരക്ഷണം സത്ത് തൃത് നിരുതം അനിരുക്തം നിലയനം അനിലയനം എന്നെല്ലാം പറഞ്ഞാൽ ഈ സർവത്തെയും സൃഷ്ടിച്ചിട്ട് തത് അനുപ്രവിശ്യ അതിൽ കടന്ന് പശു കാണുന്നവനായി കേൾക്കുന്നവനായി ചിന്തിക്കുന്നവനായി വിജയനം നിശ്ചയിക്കുന്നവനായി തത്തസ്മാതേ വേദം ആകാശാദി കാരണം അതുകൊണ്ടെന്താണ് അവൻ തന്നെയാണ് ആകാശാദികൾക്ക് സർവകാരണനായിരിക്കുന്നത് വ്യോമൻ ഹൃദയഗുഹായം സ്ഥിതം അവൻ തന്നെയാണ് അവൻ തന്നെയാണ് കാരണരൂപത്തിലിരിക്കുന്നത് ഹൃദയഗുഹയിൽ ബുദ്ധിയിൽ നിഹിതം അവിടെ സ്ഥിതി ചെയ്യുന്നു തത്പ്രത്യ അവഭാസ വിശേഷ വിശേഷികളെ ഉപലഭ്യമാണ് ആ പ്രത്യേക ബോധത്തിലൂടെ തത്പ്രത്യ ആഭാസവിശേഷ വിശേഷേണ ഉപലഭ്യമാണ് തത്പ്രത്യ ആഭാസം വിശേഷം അതിൻ്റെ പ്രതീതി എങ്ങനെ അസ്ഥി അസ്ഥി എന്നുള്ള എന്തിന്റെ പ്രതീതിയാണ് ഈ നാമരൂപങ്ങളുടെ പ്രതീതിയാണ് ഈ നാമങ്ങളുടെ രൂപങ്ങളുടെ പ്രതീതി എന്തിന്റെയാണ് ആ സത്യത്തിന്റെ പ്രതീതിയാണ് അസ്ഥി എന്ന് പറയുന്നത് അസത്യത്തിന്റെ പ്രതീതിയാണ് അതാണ് പറഞ്ഞതിന്റെ താല്പര്യം അപ്പൊ പ്രപഞ്ചത്തെ നമ്മൾ ധരിക്കുന്നത് പോലെ വെറുതെ നിഷേധിച്ചു കളയുകയല്ല ഇല്ലാത്തതാണ് വിദ്യ ഇത് ബ്രഹ്മസ്വരൂപത്തിൽ നിഷേധിക്കണം എന്നിട്ട് ബ്രഹ്മസ്വരൂപത്തിൽ നിന്ന് നേരിട്ട് ഇവിടെ പറഞ്ഞല്ലോ വിതിരേഖ ഭാവ വ്യതിരേകമായിട്ടതില്ല ആ രീതിയിൽ ഞാൻ നിഷേധിക്കുകയാണ് ഉണ്ടെന്ന് വന്നാൽ അത് ബ്രഹ്മന്ത എന്നാണ് പറയുന്നതിന് താല്പര്യം തദ്ദേശനാർത്ഥെ ബ്രാഹ്മണോത്തെ യശശ്ലൂപ മന്ത്രോ ഭൗതികാര്യത്തെ വിശദമാക്കുന്നതാണ് ഈ മന്ത്രം യഥാപൂർവേഷു അന്നമയാദ്യ ആത്മപ്രകാശകഞ്ചസ്വീവും സർവാതരം ആത്മാസ്തിത്വപ്രകാശവോപി മന്ത്ര ുമ്പ് അന്നമയാദികളെക്കുറിച്ച് വളരെ വിശദീകരിച്ച് കുറച്ച് പ്രകാശിപ്പിച്ചെന്തിനു വേണ്ടി സർവാന്തരിയായിരിക്കുന്ന ഈ ആത്മതത്വത്തെ ഗ്രഹിക്കാൻ വേണ്ടി ഏവൻ സർവാന്തരം ആത്മാഅസ്തിത്വപ്രകാശ മന്ത്രം സർവാന്തരമായിരിക്കുന്ന സർവവ്യാപിയായിരിക്കുന്ന ആത്മാവിൻ്റെ ഉണ്മയെ പ്രകാശിപ്പിക്കുകയാണ് ഈ മന്ത്രങ്ങൾ സ്വസ്വരൂപമായി ചൂണ്ടിക്കാണിക്കുകയാണ് കാര്യദ്വാരേണഭോതി ആത്മാവ് അത് സുപ്തനായിരിക്കുക ജാഗ്രത സ്വപ്നങ്ങളിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു അതാണ് കാര്യം ആ കാര്യത്തിലൂടെ സുപ്തനെ കാണിച്ചിരുന്നു ഇവിടെ ഈ ജാഗ്രത സ്വപ്നങ്ങളിൽ ഈ വ്യവരാദികളെല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അവൻ തന്നെയാണ് ശാന്തനായി സുപ്തനായിരിക്കുന്നത് അവൻ ശാന്തനായി സുപ്തനായി സുൽത്തിയിൽ മാത്രമല്ലായിരിക്കുന്നത് അങ്ങനെയും ധരിക്കരുത് അവൻ ശാന്തനായി സുപ്തനായി ജാഗ്രത്തിന് സ്വപ്നത്തിന് ഇരിക്കുന്നു നൽകാര്യദ്വാരെയാണ് ബോധിക്കാര്യത്തിലൂടെ അവനെ ബോധിപ്പിക്കുന്നു അപ്പോൾ തത്സഷ്ടവാത്ത ദൈവ അനുപ്രാവശ്യതെന്ന് പറയുന്നതിന്റെ താല്പര്യം ഇതുവരെയുള്ള ഭാഗങ്ങളെ കൊണ്ട് മനസ്സിലാവും ബ്രഹ്മം സത്യമാണ് മിഥ്യയാണെന്ന് പറയുന്നതിന്റെ താല്പര്യം അതേ രീതി മനസ്സിലാക്കും സുപ്തനും ജാഗ്രത സ്വപ്നവും പോലെ സർവാധാരമായിരിക്കുന്ന ഈ തത്വവും നാമരൂപങ്ങളും മനസ്സിലാക്കണം കാര്യദ്വാരമാണ് കാര്യം എന്ന് പറയുന്നതിനുള്ള ഒരു ദ്വാരമാണ് ഉപകാരമാണ് കാര്യമാകുന്ന ദ്വാരത്തിലൂടെ കാര്യത്തെ അല്ല ഗ്രഹിക്കുന്നു കാര്യമാകുന്ന ദ്വാരത്തിലൂടെ കാരണത്തെ ഗ്രഹിക്കുക പരമാർത്ഥതമാകുന്ന ആ കാരണത്തെ ഗ്രഹിക്കണം അതുകൊണ്ട് എന്താണ് ഈ നാമരൂപങ്ങളെല്ലാം ആത്മാസ്തിത്വപ്രകാശകമാണ് അന്നമയാദി കോശങ്ങളെല്ലാം ആത്മാസ്തിത്വപ്രകാശകമാണ് അക്കാര്യം വെളിപ്പെടുത്തുന്നതുകൊണ്ട് ശ്രുതിയും ആത്മാസ്തിത്വപ്രകാശകമാണ് ആത്മാവല്ലാതെ മറ്റൊന്നുമില്ല ആത്മാവിൽ നിന്ന് വേറിട്ട് നാമരൂപങ്ങളില്ല ആത്മാവിൽ നിന്ന് വേറിട്ട് ജാഗ്രത സ്വപ്നങ്ങളില്ല അത് തന്നെയാണ് സുപ്തനായിരിക്കുന്നത് അതുതന്നെയാണ് സത്യജ്ഞാനം ആനന്ദം അവിടെ ഭേദത്തെ കല്പിക്കാൻ പാടില്ല ഇനി ഒന്നുകൂടി തെളിച്ച് ഇവിടെ പറയും എന്താണ് ഞാൻ അത് അദ്വൈതത്തിന്റെ സന്ദർഭത്തിൽ പറയാണ് തെറ്റിദ്ധരിക്കരുത് അദ്വൈതത്തെ അദ്വൈതമായി തന്നെ മനസ്സിലാക്കണം അവർ വെള്ളം ചേർത്ത് മനസ്സിലാക്കാൻ ഒക്കത്തില്ല അദ്വൈതത്തെ ദ്വൈതമായി മനസ്സിലാക്കാൻ ശ്രമിക്കരുത് നമുക്ക് ദഹിക്കുന്നില്ലാന്ന് വിചാരിച്ച് മാറ്റിക്കിടയരുത് അതുകൊണ്ടിവിടെ വ്യക്തമായി പറയും എന്താണോ ഞാൻ ദാസനാണ് ഭക്തനാണ് ഭഗവാൻ വേറെയാണ് അന്യനാണ് എന്ന് കഴിയാൽ അവിടെ അദ്വൈതം അവസാനിച്ചു അദ്വൈതത്തിൽ അത്തരം ഭാവങ്ങളൊന്നുമില്ല അവിടെ പറയാനുള്ളത് നേരിട്ട് തന്നെ പറയും കാരണം ഒരു തരത്തിലുള്ള ഭേദത്തെയും അവിടെ അംഗീകരിക്കുന്നില്ല നാമരൂപാത്മകമായ പ്രപഞ്ചം പോലും അതായി പറയും ആ ബോധം ഉണ്ടാക്കുന്നതിന് വേണ്ടി മാത്രമാണ് പറഞ്ഞത് ത സുട്ട് തദേവ അനുപ്രാവശ്യ അല്ലാതെ സൃഷ്ടികർത്താവ് ഒരാൾ സൃഷ്ടിയിലൊരു ജീവൻ നേരെ ആ ജീവൻ സൃഷ്ടികർത്താവായിരിക്കുന്ന ഈശ്വരനെ ആരാധിക്കുന്നു പൂജിക്കുന്നു ഇതൊന്നും അദ്വൈതത്തിന്റെ തത്വത്തിൽ നിലനിൽക്കുന്ന കാര്യങ്ങളല്ല അതൊക്കെ നിലനിൽക്കുന്ന എവിടെ അദ്വൈത തത്വത്തെ ദഹിക്കാതെ വരുമ്പോ ഈശ്വരപ്രാപ്തിക്കുള്ള ഉപായങ്ങളൊന്നുള്ള നിലയ്ക്ക് സാധനാ മാർഗത്തിൽ അതൊക്കെ സ്വീകരിച്ചിരിക്കുന്നു അതൊക്കെ എങ്ങനെ സ്വീകരിച്ചിരിക്കുന്നു ഒന്ന് തത്വമായി സ്വീകരിച്ചിരിക്കെ സ്വീകരിച്ചിരിക്കുന്നത് പോലെ കേവലായും മാത്രം അന്നമായതി കോശങ്ങളെ കേവലം ഒരു ഉപായമായി സ്വീകരിച്ചു തത്വമായിട്ടുള്ള പരമാർത്ഥമായി തത്വമായിട്ട് ഒന്നിനെ ഇവിടെ സ്വീകരിക്കുന്നുള്ളൂ അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഭേദദൃഷ്ടി ആ തത്വത്തിന് വിരോധമാണ് ഭക്തനെന്നോ ഭഗവാനെന്നോ ഏതരത്തിലായാലും അവിടെ വ്യക്തമായി പറയുന്നു അദ്വൈതത്തെ മനസ്സിലാകുമ്പോൾ അങ്ങനെ മനസ്സിലാകും അത് കഴിയാതെ നമ്മൾ ഭഗവാന്റെയും ഭക്തന്റെയും ഒക്കെ നിലകളിലേക്ക് വരും അത് വേറെ കാര്യമാണ് മനുഷ്യക്കാരൻ കൂടെ പറയുന്നത് പരമാർത്ഥ സത്യത്തെയാണ് പറയുന്നത് Thank you.